പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ എന്ന് വേണമെങ്കിൽ കരുതാം അത് എൻ്റെ മായയാണ് എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അത് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ പറയുന്നു പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് ഇത് രണ്ടും ആദിയുള്ളതല്ല എന്നും പറഞ്ഞു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു പ്രകൃതിയും പുരുഷനും അനാദിയാണ് അനാദിയായ പ്രകൃതിയുടെ കാര്യമാണ് ശരീരം എന്ന് പറയുക അനാദിയായിട്ടുള്ള പ്രകൃതിയുടെ കാര്യമാണ് ശരീരം കാരണത്തെ വിട്ടേക്ക് എന്നിട്ടോ ഈ ശരീരത്തിന് എന്തുണ്ട് വികാരങ്ങളുണ്ട് ഈ ശരീരം പരിണമിക്കുന്നതാണ് ഇതിൽ വികാരങ്ങളുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സദ്ഭാവങ്ങളും അസദ്ഭാവങ്ങളും സദ്ഭാവങ്ങളെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു ഇതിൽ നിന്ന് അന്യമായതെല്ലാം അജ്ഞാനമാണ് എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം ഇനി െയാണ് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ വികാ ഇന്ദ്രിയങ്ങൾക്ക് ഓജസ് ഇന്ദ്രിയങ്ങളെ ചൈതന്യവത്താക്കുന്ന ആ ശക്തിവിശേഷത്തിന് ഇന്ദ്രിയങ്ങളോട് താതാത്മ്യമില്ലാത്തത് ഇതുപോലെ ഈ വികാരങ്ങളൊന്നും തന്നെ പുരുഷനെ സ്വാധീനിക്കുന്നതല്ല അതും കൂടെ ചേർത്തോളണം അവിടെ ഈ വികാരങ്ങളൊക്കെ തന്നെ പ്രകൃതിയിൽ നിന്നുണ്ടായതാണ് എങ്കിൽ കൂടിയിട്ട് ഈ വികാരങ്ങളൊന്നും ഇവിടെ എന്താണ് ഈ പുരുഷനുമായി ആ വികാരങ്ങൾക്കൊന്നും യാതൊരു ബന്ധവുമില്ല ഇനി തുടർന്ന് പറയണോ ഇവിടെയും ഒരു ചെറിയൊരു പാഠഭേദത്തിന് സാധ്യത ഉണ്ടാകാം ചില ഗീതയില് കാര്യകാരണകർത്തൃത്വേ എന്നും കാര്യകരണകർത്തൃത്വേ എന്നും അല്ല കുഴപ്പം പിടിച്ച കേസൊന്നുമല്ല ഹേതു പ്രകൃതി ഉച്ചതേ പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതു ഉച്ച കാര്യകരണ കർത്തൃത്വേ കാര്യകരണങ്ങൾ അതായത് കാര്യകാരണങ്ങൾ ഉണ്ടാകുന്നതിൽ പ്രകൃതി ഹേതു പ്രകൃതി മായ അതിൻ്റെ ഹേതുവാണ് ഓരോന്നിന് ഉണ്ടാകുന്നതിൻ്റെ ഹേതു മായയാണ് അപ്പം മായ മായയെ സ്വീകരിച്ചാൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ പലതും ഉണ്ട് പലതിൻ്റെയും നിലനിൽപ്പിന് മായ ആവശ്യമാണ് എന്നാൽ മായ എന്ന് പറഞ്ഞ സംഭവം എന്താണ് അതുകൊണ്ട് ഒരു ഒരു ദിവസം മായാപഞ്ചകം എടുക്കാം നമുക്ക് തോന്നുന്നു നാളെ മായാപഞ്ചകം എടുക്കാം എന്നാൽ വളരെ ക്ലിയറാവും കാര്യം നാളെ സ്വാമി മായാ പഞ്ചകത്തെ ശങ്കരാചാര്യ സ്വാമികള് അഞ്ച് ശ്ലോകങ്ങളെ കൊണ്ട് എന്താണ് മായ എന്ന് പറയുന്നുണ്ട് അതിന് പറയാം പ്രകൃതി ഹി പ്രകൃതി മായ ഹേതു കാരണം എന്ന് പറയണം ഉച്ച സുഖദുഃഖാനാം ഭോക്തൃത്വേ സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ ഭോക്തൃത്വം എന്ന് പറഞ്ഞ അനുഭവത്തില് ഭോക്താവ് എന്ന് പറഞ്ഞ അനുഭവിക്കുന്നവൻ ഭോഗം എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക ഭോഗ്യവസ്തുക്കള് വിഷയങ്ങള് ഇപ്പൊ ഭോക്തൃത്വേ ആ ഭോക്തൃത്വത്തിൽ അനുഭവിക്കുന്നതിൽ പുരുഷ ഹേതുഹു പുരുഷൻ ഹേതുവാണ് ഈ സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ സയൻസിൽ അതുപോലെയാ ഈ ഭഗവത്ഗീതയിൽ സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ സൂത്രവാക്യത്തിനും വേണ്ടത്ര പെർഫെക്ഷൻ ഒന്നും പക്ഷെ ഇവിടെ എന്ത് എന്ത് ഈ ഇതൊക്കെ ഒന്നും ഇത് വലിയ ബുദ്ധിമുട്ടായി ഇനി പറയാൻ ഇവിടെ എന്താ പറഞ്ഞു നോക്കിക്കോളൂ കാര്യകരണ കർത്തൃത്വേ പ്രകൃതി ഹേതു ഉച്ചതേ ഈ കാര്യകാരണങ്ങൾ ഉണ്ടാകുന്നതിൽ പ്രകൃതി മായ ഒരു കാരണമാണ് എന്ന് പറയപ്പെടുന്നു ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടായി എന്ന് തോന്നുന്നതിനെല്ലാം ഹേതുവായി നിലകൊള്ളുന്നത് മായയാണ് ക്ലിയർ ഇതൊന്ന് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യേണ്ടതാണ് മായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സ്വാമി നാളെ പറയാമെന്ന് പറഞ്ഞു നാളെയല്ല പറഞ്ഞിട്ടുണ്ട് മായ എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയിൽ മായ പറയുന്നത് വളരെ രസമാണ് സന്നാപ്യ സന്നാപ്യഭയാത്മികാനോ ഭിന്നാപ്യ ഭിന്നാപ്യ സാങ്കാപ്യ അനങ്കാപ്യ ഉഭയാത്മികാനോ മഹാദ്ഭുതാനിർവചനീയരൂപ അതുണ്ടെന്നോ ഇല്ല എന്നോ ഉണ്ടില്ല ഒന്നും പറയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു സാധനമാണെന്നാ കോഴിക്കോടം ഭാഷയെ പറഞ്ഞാല് മഹാദ്ഭുതം അനിർവചനീയം അതിനെ പറയാം അതിനെ വളരെ ലളിതമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ മായാ അവതരിപ്പിച്ചിരിക്കുന്നു അപ്പം മായയാണ് കാര്യകാരണങ്ങൾ ഉണ്ടാകുന്നതിൽ അതായത് പ്രകൃതിക്ക് മായയാണ് അധിഷ്ഠാനം ഇതുപോലെ സുഖദുഃഖാന സുഖദുഃഖങ്ങളുടെ അനുഭവത്തില് പുരുഷ ഹേതു ഉച്ചതേ നമ്മൾ ഒരു ഹേതുവാണ് ഇതൊക്കെ അറിഞ്ഞാൽ വലിയ ആശ്വാസം കിട്ടുവേ നമ്മളൊരു ഹേതുവാ ഹേതുവായിട്ട് നിലകൊള്ളുന്നു എന്നാ ആ ഹേതുവാണ് എന്നറിയുന്ന അറിയുമ്പോഴോ അറിയുന്നതോടുകൂടി ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല അപ്പൊ അനാദിയായിട്ടുള്ള പ്രകൃതിയും ആ പുരുഷനും ചേർന്ന് ഈ സ്ഥൂല പ്രപഞ്ചമായി ഇങ്ങനെ നമ്മുടെ മുൻപിൽ വിരിഞ്ഞ് അതിൽ ഈ പറഞ്ഞ പല വികാരങ്ങളും വികാരങ്ങളെയും എന്താ അത് ജനിപ്പിക്കണോ ആ വികാരങ്ങൾക്കനുസരിച്ച് സുഖ ദുഃഖങ്ങളാകുന്ന മറ്റ് വികാരങ്ങൾ അനുഭവങ്ങൾ നമുക്കുണ്ടാക്കുന്നു അതിനെ നമ്മൾ അനുഭവിക്കണു അതിന് നമ്മൾ എന്താവുന്നു ഒരു ഹേതുവായിട്ട് തീരണമെന്ന് പറയാം ഹേതു ആവാതിരുന്നാലോ ഇതൊന്നും നമ്മളെടുത്ത് വരുന്നില്ല ഇതാണ് ഭഗവാൻ പറയാനുള്ളത് എന്നിട്ട് തുടർന്ന് പറയണു ഈ ക്ഷേത്രജ്ഞന്റെയും ഈ ശരീരത്തിൻ്റെയും അനുഭവങ്ങളുടെയും ഒക്കെ ആകത്തുക പുരുഷ പ്രകൃതിസ്ഥോക്ജാൻ ഗുണാ ഗുണസംഗോന്മസു പുരുഷ പ്രകൃതിസ്ഥ ഹി ഭുങ് പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗ അസ്യ സദസ യോനി ജന്മസു പുരുഷ പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് പ്രകൃതിസ്ഥ പ്രകൃതിയിൽ സ്ഥിതനായിട്ട് സ്ഥിതം എന്ന് പറഞ്ഞാൽ നിലനിന്നിട്ട് പ്രകൃതിജാൻ പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്ന ഇതൊന്നിങ്ങനെ തന്നെ മനസ്സിലാക്കണേ ഈ ഒരു ഭാഷയുണ്ടല്ലോ ശാസ്ത്രത്തിൻ്റെ ഈ ഒരു ഭാഷയിൽ തന്നെ ഇതിനെ മനസ്സിലാക്കണം ഞങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് തോന്നും സ്വാമി എന്തെങ്കിലും ഒരു തമാശയോ കഥയോ പറഞ്ഞിട്ട് ഇത് മനസ്സിലാക്കിപ്പിച്ച് തരുമെന്ന് സാധ്യമല്ല എന്ന് പറയാം ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ ഇതിനെ ഉൾക്കൊള്ളാം പ്രകൃതി എന്ന് പറഞ്ഞാൽ മുല്ല ഒരു ദിവസം എന്ന് പറയാൻ പറ്റില്ല സ്വാമിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് പുരുഷ ജീവാത്മാവ് പ്രകൃതിസ്ഥ പ്രകൃതിയിൽ സ്ഥിതനായിട്ട് പ്രകൃതി പ്രകൃതിയിൽ പ്രകൃതിജാൻ പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്ന എല്ലാം തന്നെ പ്രകൃതിജാൻ എന്ന് പറഞ്ഞാൽ ഒന്നൊഴിയാതെ വികാര വിചാരങ്ങളെല്ലാം അതിങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുക പ്രകൃതിജാൻ ഗുണാൻ ഗുണങ്ങളെങ്കെന്ന് പറഞ്ഞ അനുഭവിക്കുന്നു കാണുന്നു കേൾക്കുന്നു ചിന്തിക്കുന്നു മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്ന എന്താ ഓരോന്നിന്റെ വിശേഷം അതത് സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോന്ന് ജനിക്കുന്നു അസ്യ ഗുണസംഗ അസ്യ ഇവന് ഇവൻ എന്ന് പറഞ്ഞാൽ അസ്യ എന്ന് പറഞ്ഞാൽ പുരുഷസ്യ പുരുഷന് ഗുണസംഗ ഗുണസംബന്ധം ഗുണസംബന്ധം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖാദികളോടുള്ള അവന്റെ ബന്ധം അവന്റെ താതാത്മ്യം സദസത് യോനി ജന്മസു സത് അസത് സത് നല്ലത് അസത് സീത യോനി അതിൻ്റെ കേന്ദ്രങ്ങൾ ജന്മമെടുക്കാനുള്ള കേന്ദ്രങ്ങളിലേക്ക് ജന്മങ്ങളിൽ കാരണം കാരണമാകുന്നു അപ്പൊ ഒരുവൻ്റെ ജന്മത്തിന് ഹേതുവാകുന്നത് ഭഗവാൻ ഇവിടെ പറയുന്നു എന്താണ് അവൻ അനുഭവിക്കുന്ന അവൻ ഗുണങ്ങളെ അനുഭവിക്കുന്നു ആ ഗുണങ്ങളിൽ അവനുണ്ടാകുന്ന ബന്ധം അപ്പം ഈ ഗുണബന്ധം ഇല്ലായ്മ ചെയ്യുമ്പോഴാണ് ഒരുവൻ ജനിമൃതികളിൽ നിന്ന് അകലുന്നത് ജനിമൃതികൾ അവന് ഇല്ലാതെയാകുന്നത് അതുവരെ ജനിമൃതികളുണ്ട് എന്നാണ് നമ്മുടെ ശാസ്ത്രം ഭാരതീയ വേദാന്തശാസ്ത്രത്തിൽ ജനിമൃതികൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ജനിമൃതികൾ ഇല്ല എന്നല്ല ഉണ്ട് അത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ അടുത്തതിനെ പൂരിപ്പിക്കാനായിട്ട് പോകുന്നു നേരത്തെ പറഞ്ഞുവല്ലോ അതിനനുസരിച്ചിട്ടുള്ള ഗൃഹങ്ങളിൽ പോയി ജനിക്കുന്നു സ്വാമി അപ്പൊ ഞാൻ അടുത്ത ജന്മം എന്താവും അതിനെക്കുറിച്ച് സ്വാമിയോടോ ജ്യോതിസരോടോ ചോദിക്കേണ്ട നമ്മുടെ ചിന്തകള് നമ്മൾ ഏതുമായിട്ടാണ് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചതിനെ നമ്മൾ പോവും ഒരു ഉദാഹരണം പറഞ്ഞു തന്നുമല്ലോ രാത്രി കിടന്നുറങ്ങുമ്പം നന്നായിട്ട് ചിന്തിക്കുക എന്ത് ഏത് ചിന്തയുമായിട്ടാണ് ഉറങ്ങാൻ പോകുന്നത് ഉണർന്നു വരുമ്പം ഏത് ചിന്തയുമായിട്ടാണ് ഉണരുന്നത് നിങ്ങൾ പരിശോധിച്ചോ ഇല്ല ഒരു ബന്ധവും ഇല്ല ഏ ബന്ധമുണ്ട് ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക മരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു വിശ്രമമാണ് ഒരു നിദ്രയാണ് മരണം എന്ന് പറഞ്ഞാൽ ഒരു നിദ്രയാണ് പിന്നെ ഉണരേണ്ടതുണ്ട് ഉണരേണ്ടത് അടുത്തതിൻ്റെ പൂവിടലാണ് ഇതൊരു കുറച്ചൊരു സൂക്ഷ്മമായിട്ട് ഭഗവാൻ ഇവിടെ അർജുനനെ കൊണ്ടുപോവുകയാണ് എന്താണ് നീ നിൻ്റെ വികാര വിചാരങ്ങൾ ഇവിടെ പറയുന്നത് അനാദിയായിട്ടുള്ള പ്രകൃതി ആ പ്രകൃതി പുരുഷനുമായിട്ട് ചേരുന്നു അത് സ്ഥൂല പ്രപഞ്ചമായിട്ട് പരിണമിക്കുന്നു അതിൽ സുഖദുഃഖങ്ങളുണ്ടാകുന്നു ആ സുഖദുഃഖങ്ങളെ സംസാരം പറയുന്നു ആ സംസാരത്തോട് നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ പ്രതികരണം നമ്മൾ അനുകൂല പ്രതികൂല ഭാവങ്ങൾ സൃഷ്ടിക്കുന്നു അതിനെ വാസന എന്ന് പറയുന്നു ആ വാസന വാസനയ്ക്കനുസരിച്ച് നാം വീണ്ടും ജന്മം എടുക്കണം ഇങ്ങനെ ജന്മം കർമ്മം പ്രതികരണം വാസന ജന്മം കർമ്മം പ്രതികരണം വാസന ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ ഈ ശ്ലോകത്തില് പുരുഷന്റെ യഥാർത്ഥസ്ഥിതി എന്താണ് എന്ന് വിവരിക്കുകയാണ് ഉപദ്ര അനുമന്ദ ചർ ഭോക്തേശ്വര പരമാത്മാ ഇതി ച അഭി ദേഹേ അസ്മിൻ പുരുഷ പരഹ അസ്മിൻ ദേഹേ അസ്മിൻ ദേഹെ ഈ ശരീരത്തിൽ നമ്മളോട് പറയുക എന്താണ് നമ്മുടെ ഏർപ്പാട് എന്താ നമ്മൾ ചെയ്യുന്നത് പറയണം അസ്മിൻ ദേഹെ അഭി എന്ന് പറഞ്ഞാൽ ഈ ദേഹത്തിൽ ഇരിക്കുന്നവനാണ് എങ്കിലും ആര് പരമാത്മാവ് പരഹ പരനായിട്ടുള്ള പുരുഷ പുരുഷൻ ഉപദ്രഷ്ട അവൻ അടുത്തിരുന്ന് കാണുന്നവനാണ് നാല് കാര്യങ്ങളാണ് ഇതിൽ ചെയ നാല് കാര്യങ്ങളെക്കുറിച്ച് പറയണം നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നത് ഒന്ന് ഉപദ്രഷ്ടടുത്തിരുന്ന് കാണുന്നു അനുമത കർമ്മങ്ങളെ അനുമതിക്കുന്നവനാണ് അവനെ അതിനെ അറിയുന്നവനാണ് എന്ന് പറയുക എല്ലാറ്റിനെയും പിന്നെയോ ഭർത്ത അവൻ ഭരിക്കുന്നവനാണ് ഭോക്ത അനുഭവിക്കുന്നവനാണ് അപ്പം പുരുഷൻ അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ പരമാത്മാവ് ഓരോരോ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇവിടെ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്യുന്നു ഇതാണ് കാണുക കാണുക എന്ന് പറഞ്ഞാൽ എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയായി നിൽക്കുന്നു ആലോചിച്ച് നോക്കുക നമ്മൾ ഇത്തരത്തിൽ എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയായിട്ടില്ലേ എല്ലാ അനുഭവങ്ങൾക്കും ഒന്നൊഴിയാതെ എല്ലാ അനുഭവങ്ങൾക്കും സാക്ഷിയാണ് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും ചിലതൊക്കെ നമ്മൾ ഓർത്തുവെക്കും ഓർത്തുവെച്ചാലും വെച്ചിട്ടില്ലെങ്കിലും പലതും നമ്മൾ എല്ലാറ്റിനെയും നമ്മൾ സാക്ഷി രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുക അതാണ് ഒന്നാമത്തത് അതാണ് അടുത്തു കാണല് പിന്നെയോ ശരീര വ്യാപാരങ്ങളെ ശരീരങ്ങളെ എന്താ വ്യാപരിക്കാൻ നാം അനുവദിക്കുന്നുണ്ട് അതുപോലെ ശരീരത്തിനെ ഭരിക്കുന്നുണ്ട് അതുപോലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ നാല് കാര്യങ്ങൾ സ്വശരീരത്തിൽ ചെയ്യുന്നു ഭഗവാൻ അതിനെ പറയുന്നു ഉപദ്രഷ്ട അനുമത ഭർത്ത ഭോക്ത മഹേശ്വര മഹേശ്വരൻ എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള ഈശൻ ഇതിനെ മുഴുവൻ ഭരിക്കുന്നവൻ മഹേശ്വര പരമാത്മാച്ച ഇതി ഉക്ത ആ പരമാത്മാവാണെന്ന് പറയപ്പെടുന്നു മഹേശ്വര അവനാണ് ഇതിൻ്റെ മുഴുവൻ എന്താ പരമാത്മാവായി നിലകൊള്ളുന്നവൻ അപ്പം ഇത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് നാം നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ളൊരു നാല് പ്രവർത്തനങ്ങൾ നാല് കാര്യങ്ങൾ അനു എന്താ അനുദിനം അല്ലെങ്കിൽ അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നു നടക്കുന്നില്ല എന്ന് ചോദിക്കുക അപ്പോൾ ഒരാൾ ആലോചിക്കുകയാണ് ഇതാരെ ഈ ആൾ ഉറങ്ങുന്നവനെയും അറിയുന്ന എല്ലാറ്റിനെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇവനാര ആ വിദ്വാൻ ഇന്ന് നമ്മൾ പാടെ വിസ്മരിച്ചിരിക്കുക അതിലേക്ക് നോക്കിയാലാണ് ശാന്തി സമാധാനം ഉണ്ടാവുക അതിനെ വിസ്മരിച്ചുകൊണ്ട് ഈ ലോകത്തെ ഏതിൻ്റെ പിറകെ ഓടിയിട്ടും ഒരു കാര്യമില്ല നമ്മൾ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് വേറെ ഓരോന്നിൻ്റെ വഴിയെ ഓടുക അതുകൊണ്ടല്ലേ നമ്മൾ ഇടയ്ക്ക് ആളുകളോട് പറയില്ലേ വീട്ടിലെ കാര്യം നോക്കിയിട്ട് വേണം നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ ഇന്ന് അതുപോലെയാണ് ആചാര്യന്മാർക്ക് നമ്മളോട് പറയാനുള്ളത് വീട്ടിൽ പോ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോയിക്കോളാനാണ് തുടർന്ന് ഭഗവാൻ വിസ്തരിക്കണോ പ്രകൃതി േരുഷം പ്രകൃതി വർത്തമാന അതിരുഷം ഗുണൈ സഹ പ്രകൃതി അറിയേണ്ടത് എന്ന് പറയാ യുരുവൻ പുരുഷം പുരുഷനെയും ഗുണേഹി ഗുണങ്ങളെയും സഹപ്രകൃതിയും പ്രകൃതിയെയും ഒരുമിച്ച് കൂട്ടത്തിൽ പ്രകൃതിയെയും വേത്തി അറിയുന്നു അപ്പം എന്താണ് പ്രപഞ്ചം ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്ത് ആ പ്രകൃതി ആ പ്രകൃതിയെ അനുഭവിക്കുന്ന ജീവനെ ഞാനും പ്രകൃതി തന്നെയാണ് പക്ഷെ പഠിക്കാൻ വേണ്ടി ഞാൻ എന്നെ വേറെയാക്കി ഞാൻ പഠിക്കാനൊരു ശ്രമം നടത്തുന്നു ഉള്ളൂ ഞാൻ എന്താണ് എന്നിലെ വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ പ്രകൃതിയുമായിട്ട് സഹവസിക്കുന്നത് ഇതൊക്കെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് ആരാണ് അപ്പം ഇവിടെ പറഞ്ഞു ഏവം യഹ ഇപ്രകാരം യാതൊരുവൻ പുരുഷം ഗുണൈഹി പുരുഷനെയും ഗുണൈഹി ഗുണങ്ങളെയും സഹപ്രകൃതി കൂടെ ഒരുമിച്ച് പ്രകൃതിയെയും ച വേത്തി പ്രകൃതിയെയും അറിയുന്നത് സഹ അവൻ സർവധ എല്ലാ പ്രകാരത്തിലും വർത്തമാന അഭി വർത്തിക്കുന്നവനായാലും ഇവിടെ നല്ലൊരു ലൈസൻസ് തരിക ഭഗവാൻ ഇങ്ങനെ അറിഞ്ഞവൻ ഏത് പ്രകാരത്തിലുള്ള കർമ്മങ്ങളിൽ വർത്തിക്കുന്നവനായാലും ഭൂയഹ എന്ന അഭിജായതേ വീണ്ടും അവന് ജന്മമില്ല എന്ന് പറയാം കാരണം അവൻ അവൻ അവനാകുന്ന വിത്ത് വറുത്തു എന്ന് പറയാം ഇനി അത് മുളയ്ക്കില്ല ഇനി അതിന് മുളയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം അതുകൊണ്ട് ഈ വെല്ലുവിളി എന്ന് പറയുന്നത് വെല്ലുവിളി നിലനിൽക്കുന്നത് ഇവിടെയാണ് എന്ന് പറയാം അന്തർജ്ഞാനത്തിലാണ് അത് രാഷ്ട്രീയത്തിലോ മതത്തിലോ ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏതെങ്കിലും വിദ്യാഭ്യാസ ശാസ്ത്ര അന്തർജ്ഞാനത്തിൽ തന്നെയാണ് അതിൻ്റെ പരിഹാരവും ഭഗവാൻ പറയുന്നത് ഇവിടെ തന്നെയാണ് അതിനെ പരിഹരിച്ചു തരാൻ സാമ്പത്തിക വിദഗ്ധനോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും പ്രകാരത്തിൽ വർത്തിക്കുന്ന ഒരാൾക്കോ സാധ്യമല്ല അത് അവനവൻ തന്നെ അതിനെ പരിഹരിക്കണം അതുകൊണ്ട് നമ്മൾ ഈ വെറുതെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി ഉണ്ടാക്കി എന്താ ഈ നേവിയില് ജോലിക്ക് വേണ്ടിയിട്ട് പോയിതാണ് അപ്പം അദ്ദേഹത്തിനോട് അവരിങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് വന്നു കൊടുങ്ങാറ്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അയാൾ പറഞ്ഞു ഞാൻ നങ്കൂരിട്ടു അത് ശരി അപ്പം ഭയങ്കരമായിട്ടുള്ള മഴ വന്നു അപ്പം നിങ്ങളെന്ത് ചെയ്യും അപ്പോഴും ഞാൻ നങ്കൂരിടും ശരി പിന്നെ അങ്ങനെ ആടി ഒലയുന്ന ഇതൊക്കെ വന്നു ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും നങ്കൂരിടും നിങ്ങൾക്ക് ഈ നങ്കൂരല്ലാണ്ട് വേറൊന്നുമില്ല ഇടാൻ അല്ല നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കാറ്റും മഴയും ഒക്കെ എന്ന് ഇദ്ദേഹവും തിരിച്ചു ചോദിക്കണമെന്ന് അപ്പം നമ്മൾ ഈ നങ്കൂരങ്ങോട്ട് ഇട്ടേക്കണം എന്ത് പറഞ്ഞാലും ഇതങ്ങട്ട് ആഴത്തിലിട്ടേക്കുക ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങില്ല പ്രകൃതി പുരുഷൻ ഞാൻ വികാര വിചാരങ്ങൾ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നന്നായി അറിയാമെങ്കിൽ അതൊരു രസമല്ലേ അതേസമയം നമുക്ക് അപ്പുറത്ത് ഒരു പറമ്പുണ്ട് കുറച്ച് ദൂരെയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് നിങ്ങൾക്കൊരു സ്ഥലമുണ്ട് എപ്പോഴും എപ്പോഴും പോകാൻ പറ്റില്ല എവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു സംഘർഷം ഉണ്ടാവില്ലേ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും പറയാതെ അവിടെ ആൾ ഇടയ്ക്ക് വരുന്നുണ്ട് കൂട്ട് പൊളിച്ചു എന്നാണ് തോന്നുന്നത് ഏ ഇനിയിപ്പോൾ ആ ചിന്തയായില്ലേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതാണ് അപ്പൊ അങ്ങനെ നമുക്കതിനെക്കുറിച്ചൊരു അവിടെ എന്ത് നടക്കണു എന്നറിയുന്നില്ല അതുപോലെ എന്താണ് എവിടെയൊക്കെ എന്തൊക്കെയാ നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് ഓ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്നിലെ വികാര വിചാരങ്ങൾ ഞാൻ പ്രകൃതിയുമായിട്ട് എനിക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നു ഇത്രയൊക്കെയുള്ളൂ അതിനെങ്ങനെ അതിജീവിക്കണം അതിവർത്തിക്കണം എന്നുള്ള കാര്യം പറയുക അപ്പം ഇവൻ വീണ്ടും ന ജായതെ ജനിക്കുന്നില്ല ആ ഈ രഹസ്യം അറിഞ്ഞവൻ എന്ന് പറയാം ഭഗവാൻ അടുത്തത് എന്താ എങ്ങനെയാണ് എന്നെ അറിയേണ്ടത് എന്നെ അറിയേണ്ടുന്ന പ്രക്രിയയ്ക്ക് ഭഗവാനൊരു ഉപായം നിർദ്ദേശിക്കുന്നു ആ ഉപായത്തെ നമുക്ക് നാളെ ചകം എടുക്കാമെന്ന് സ്വാമി പറഞ്ഞു എന്താണ് മായ ഈ മായ മായ മായ എന്ന് കുറേ ദിവസമായി കേൾക്കാൻ തുടങ്ങിയിട്ടില്ലേ അപ്പം മായയെക്കുറിച്ച് എങ്ങനെയാണ് മായയെ അറിയേണ്ടത് എന്താണ് മായ മായയെ സംബന്ധിക്കുന്ന അഞ്ച് ശ്ലോകങ്ങളും ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യ സ്വാമികൾ ശങ്കരാചാര്യ സ്വാമികൾ മായയെ സംബന്ധിക്കുന്ന അഞ്ച് ശ്ലോകങ്ങൾ രചിച്ചതിന് മായാ പഞ്ചകം എന്ന് പറയും ഇതൊരു പ്രകരണ ഗ്രന്ഥമാണ് ആദ്യം തന്നെ പറയുന്നു നിരുപമ നിത്യ നിരംശകേ അപ്പി അഖണ്ഡേ നിരുപമ നിത്യ നിരംശകേ മായയെ വിവരിക്കുകയാണ് നിരൂപമെന്ന് പറഞ്ഞാൽ തുല്യമായ മറ്റൊന്നില്ലാത്തതും തുല്യമായ മറ്റൊന്നില്ലാത്തതും നിത്യവും അംശങ്ങളില്ലാത്തതും ബ്രഹ്മത്തിൻ്റെ ലക്ഷണമാണ് പറഞ്ഞു വരുമ്പം വരിക അംശങ്ങളില്ലാത്തതും സർവവികൽപ്പനാധിശൂന്യേ സർവവികൽപ്പങ്ങൾ യാതൊരു ഭേദകൽപ്പനയ്ക്കും വഴങ്ങാത്തതും സർവവികൽപ്പനാധിശൂന്യേ എന്താണ് അഖണ്ടേ പൂർണം ചിതിമൈ അപി ചിതിമൈ ബോധസ്വരൂപനാണ് മൈ അപി എങ്കിലും അഘടിത ഘടന പടിയ സീമായ അഘടിതഘടന എന്ന് പറഞ്ഞാൽ ഘടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ യുക്തി കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അതെന്താണ് അതങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ സമർത്ഥമായി ഉണ്ടാക്കി കാണിക്കാൻ പോന്നത് അഘടിതഘടന ഘടിപ്പിക്കാൻ പറ്റാത്തതിനെ ഘടിപ്പിച്ചു വെച്ചാൽ എങ്ങനെയുണ്ടാവും അത് തന്നെ അഘടിതഘടന എന്തൊക്കെയാണ് മായയുടെ ലക്ഷണങ്ങൾ പറയുന്നത് നോക്കൂ ജഗതീശ ജീവഭേദം ഘടയതി ആദ്യം പറയുന്നു ജഗത്ത് ഈശ്വൻ ഈശ്വരൻ ജീവൻ ആദ്യം തന്നെ മായ ഉണ്ടാക്കി കാണിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇതാണ് എന്തൊക്കെയാണ് ജഗത്ത് ഈശ്വരൻ ജീവൻ ഈ ഭേദത്തെയാണ് മായ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ മായയാൽ നിർമ്മിതമാണ് എന്ത് ഗംഭീരാണ് മായാ പഞ്ചകം ജീ ഈശ്വരൻ എന്ന് പറയുന്നതും ജഗത്ത് എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും എന്താണ് മായയാണ് ഇനി ഈ മായ ഏതൊക്കെ പ്രകാരത്തിൽ നിലകൊള്ളുന്നു നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വരുമ്പം മായയുടെ സ്ഥാനം എന്താണ് എങ്ങനെയൊക്കെ മായ നിലകൊള്ളുന്നു അതിനെക്കുറിച്ച് പറയുക ശ്രുതിമതശത നിഗമാന്തശോധകാനാൻ അപ്പി അഹഹ ധനാതിനിദർശനേ നിദർശന സദ്യ കലുഷയതി ചതുഷ്പദ ചതുഷ്പദാതി ഭിന്നാൻ അഘടിതഘടന പടിയ സീമായ നിങ്ങളതിൽ ഏറ്റു ചൊല്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ് സ്വാമി അങ്ങനെ രീതിയിലേക്കൊന്നും പോവാത്ത പിന്നെ വലിയ രീതി സ്വാമിയുടെ കയ്യിൽ ഇല്ല എന്ന് പറയാം അതാണല്ലോ നല്ലത് അല്ലേ പറയുന്നു ശ്രുതിശത നിഗമാന്തശോധകാൻ അപ്പി ശ്രുതി ഉപനിഷത് വാക്യങ്ങള് അപ്പൊ ഉപനിഷത് മഹാവാക്യങ്ങളൊക്കെ തത്വമസി ആകട്ടെ പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി ഇത്യാദി ഉപനിഷത് വാക്യങ്ങളെ നൂറുകണക്കിന് ഉദ്ധരിക്കാനും ശതം എന്നാണ് നൂറുകണക്കിന് ഉദ്ധരിക്കാനും അതിനെ കീറി മുറിച്ച് തലങ്ങും വെലങ്ങും കീറി മുറിച്ച് എന്താ പറയുക അങ്ങേയറ്റത്തെ പ്രഭാഷണം നടത്താനൊക്കെയുള്ള കഴിവ് ഇത്യാദികളൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളവരിൽ പോലും അഹഹ പറയണു അഹാഹ എന്ന് പറഞ്ഞാൽ ഹ ആശ്ചര്യം ആശ്ചര്യം എന്താണ് ധനാദി നിദർശനേന സദ്യ വീണ്ടും പറയണു ധനം സമ്പത്ത് പേര് അതുപോലെ പെരുമ ഇത്യാദികളൊക്കെ എടുത്തു കാണിച്ച് അതിവേഗം തന്നെ ചതുഷ്പദാതിഭിൻ ചതുഷ്പദാതി ഭിന്നാൻ ചതുഷ്പദ എന്ന നാൽക്കാലിക്ക് സമമാക്കുന്നു എന്നാണ് ആരെ വലിയ വേദാന്ത വിദ്വാനെ പോലും നാൽക്കാലിക്ക് സമമാക്കി കളയും ആര് മായ എന്നിട്ടോ അഘടിതഘടന അഘടിതഘടനാ പടിയ സി മായ എല്ലാറ്റിലും പൊതുവായിട്ടുള്ളൊരു വരിയ മായ കലുഷയതി അതങ്ങനെ മോഹിപ്പിക്കുന്നു പതിപ്പിക്കുന്നു വശത്താക്കുന്നു അപ്പൊ ഒരു വലിയ പണ്ഡിതൻ ജ്ഞാനി പതിക്കുന്നുവെങ്കിൽ അതിന് കാരണം എന്താണ് മായ എങ്ങനെയാ മായ വരുന്നത് സ്വാമി ഗംഭീരായിട്ടുണ്ട് പ്രഭാഷണം ആഹാ സ്വാമി നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ നമ്മള് കൂട്ടത്തില് കൂടിയാൽ അതിൽ പെട്ടു എന്നും അറിയാം വരുന്നത് പറയാൻ പറ്റില്ല ഏതൊക്കെ വിധത്തിലാ മായ എന്ന് അപ്പൊ പറയണോ വേദാന്ത വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഇതൊക്കെ നൂറുകണക്കിന് എന്നാ പറഞ്ഞത് എത്ര വേണമെങ്കിലും മായ പിടികൂടുന്ന പേ പേര് പെരുമാ ധനം അപ്പൊ പേര് പെരുമാ ധനം ഇതിൽ നാം ആസക്തരായാൽ മായയുടെ പിടിയിലായി അങ്ങനെയുള്ളൊരു മായ ജീവൻ ജഗത്ത് ഈശ്വരൻ ഇങ്ങനെയുള്ള ഭിന്നതകളെ വയ്ക്കുന്ന സമയത്ത് മായയുടെ പിടിയിലായി തുടർന്ന് പറയുന്നു സുഖചിതി അഖണ്ഡ വിബോധമദ്വിതീയം വിയതനലാദി വിനിർമ്മിതേന നിയോജ്യ ഭ്രമയതി ഭവസാഗരേ നിതാന്തം അകടിതഘടന പടിയ സീമായ അടുത്ത ലക്ഷണം പറയാം അദ്വിതീയം അദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തതായ സുഖചിതി അഖണ്ഡ വിബോധം ആനന്ദബോധ സ്വരൂപമാർന്ന ബ്രഹ്മം അദ്വയമായിട്ടുള്ള ആ ബ്രഹ്മത്തെ വിയ അനലാദി വിനിർമ്മിതേ വിയ വ്യോമനി ആകാശം അതുപോലെ അനലൻ അഗ്നി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂത സംഘാതങ്ങളുടെ ആ സൃഷ്ടിയില് നിയോജ്യ നിയോജ്യ എന്ന് പറഞ്ഞ അതിൽ നിയോജിപ്പിച്ചിട്ട് അകപ്പെടുത്തിയിട്ട് നിതാന്തം നിതാന്തം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സദാസമയവും നിതാന്തം അതെന്ത് ചെയ്യുന്നു യുക്തിക്ക് നിരക്കാത്ത വിധത്തിൽ അതിനെ യോജിപ്പിക്കുന്നു അതായത് പഞ്ചഭൂതങ്ങളുടെ ചേർച്ച തന്നെ മായയാണെന്ന് അപ്പൊ വിശ്വം തന്നെ മായയിൽ നിലകൊള്ളുന്നു ഭവസാഗരേ ഭ്രമയതി ഇങ്ങനെ സംസാര സമുദ്രത്തിൽ നമ്മെ ഭ്രമിപ്പിക്കുന്നു ഇതാണ് മൂന്നാമത് പറയുന്ന ലക്ഷണം തുടർന്ന് പറയുന്നു അപഗത ഗുണവർ വർണ്ണജാതി ഭേദ വളരെ രസമായിട്ടുള്ളമായാണ് സുഖജിതി വിപ്രവിധാ വിടാദ്യഹ സ്ഫുടയതി സുതധാരഗേഹമോഹം അഘടിത ഘടന പടിയസീമായ പിന്നെ എന്തൊക്കെയാ അപഗത ഗുണവർണ ജാതി ഭേദ ഗുണഭേദം പിന്നെ വർണ്ണഭേദം പിന്നെ ജാതിഭേദം ഇതൊന്നും സ്പർശിച്ചിട്ടില്ലാത്ത സുഖചിതി ആനന്ദ സ്വരൂപമായിട്ടുള്ള ആ ബോധത്തിൽ എന്ത് ചെയ്യുന്നു അതിൽ ആരോപിക്കുന്നു എന്തൊക്കെയായിട്ട് ആരോപിക്കുന്നു വിപ്രവിടാദ്യഹകൃതി ഞാൻ അഹം ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ക്ഷത്രിയനാണ് ഞാൻ വൈശ്യനാണ് ഞാൻ ശൂദ്രനാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ കേമനാണ് ഇങ്ങനെയുള്ളതൊക്കെ ആരോപിക്കുന്നു മാത്രമല്ല സുതതാരഗേഹമോഹം പുത്രൻ ഭാര്യ വീട് ഇതൊക്കെ എൻ്റേതാണ് എന്ന മമത്വം ഇതെല്ലാം എന്താണ് അഘടിതഘടന പടിയ സീമായ ഇതൊക്കെ യോജിപ്പിക്കാൻ പറ്റാത്തതിനെ യോജിപ്പിച്ച് വെച്ചിരിക്കുക ചാര്യസ്വാമികൾ യോജിക്കാതെ ഇരിക്കുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ ബ്രാഹ്മണനാണെന്നുള്ളത് ശരിക്കും യോജിക്കുകയില്ല ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ കുട്ടിയാണ് ഞാൻ ഭാര്യയാണ് ഭർത്താവാണ് ഇതൊന്നും യോജിക്കാത്തതാണ് ഈ യോജിക്കാത്ത ഇതൊക്കെ എങ്ങനെ യോജിച്ചിരിക്കുന്നു അതെല്ലാം മായയാണ് പറയാ തുടർന്ന് അവസാനമായിട്ട് പറയുന്നു വിധി ഹരിഹര വിഭേദമപി അഖണ്ഡേ ബദവിരചയ്യ ബുധാനഭിക്രമ അഭി അഭിപ്രകാമം ഭ്രമയതി ഹരിഹരേദേദിത അവസാന ശങ്കരാചാര്യർ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്താണ് അഖണ്ഡെ അഖണ്ഡേ എന്ന് പറഞ്ഞ മുറിവില്ലാത്ത ആ ബോധസ്വരൂപത്തില് വിധി ഹരിഹരഭേദം അഭി അതിലെന്തൊക്കെ ഭേദങ്ങള് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ തുടങ്ങിയിട്ടുള്ള ഈശ്വരൻ്റെ ഭേദങ്ങളും വിരചയ്യബധ അതൊക്കെ എന്താണ് വിരചയ്യബധ സങ്കല്പത്തിലുണ്ടാക്കിയിട്ടുള്ളതാണ് അവർ വെറും സങ്കല്പമാത്രയാൽ സൃഷ്ടിച്ചിട്ടുള്ള ഇതൊക്കെ ബുധാൻ അതി ബുധാൻ എന്ന് പറഞ്ഞാൽ മഹാപണ്ഡിതനെ പോലും വലിയ അറിവുള്ളവനെ പോലും അവനെ പോലും എന്തുണ്ടാവുന്നു ഹരിഹരഭേദഭവാൻ ഹരിവേറെ ഹരൻ വേറെ വിഷ്ണു വേറെ ശിവൻ വേറെ ഇങ്ങനെയുള്ള ഭേദങ്ങളെ കാണിക്കുന്നു എന്താണ് അഘടിതഘടനാ പഠിയ സീ മായ ഇതൊക്കെയാണ് മായ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല മായ ഭാര്യ കുട്ടികൾ മക്കൾ അവര് ഇവര് എന്നൊക്കെ പറഞ്ഞ് ഓടുന്നുണ്ടല്ലോ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ശിവൻ വിഷ്ണു എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ് മായ മനസ്സിലായ മനസ്സിലായിട്ടില്ലെങ്കിൽ അതും മായ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അതും മായ മായ എന്ന് പറയുന്നത് ഇതാണ് ഇല്ലാത്തത് ഉള്ളതായി തോന്നുന്നത് അന്വേഷിച്ചാൽ ഇല്ലാതെയാവും എന്തൊക്കെയാ അന്വേഷിച്ചാൽ ഇല്ലാതെയാവുന്ന ഇതെല്ലാം തന്നെ അന്വേഷിച്ചാൽ ഇല്ലാതെയാവും അന്വേഷിക്കാത്തടത്തോളം കാലം അത് നിലനിൽക്കും അതുകൊണ്ടാണ് യാമാ സാമായ എന്ന് പറഞ്ഞത് ശരി അപ്പൊ ഭഗവാൻ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ജ്ഞാനത്തെയും ജ്ഞേയത്തെയും പറഞ്ഞു േത്രം ഓർക്കുക ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അപ്പൊ ശരീരത്തിൽ അങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോഴോ ക്ഷേത്രത്തിന് ഒരു വികാസവും ഇല്ല എന്ന് പറയാം പക്ഷേ ശരീരത്തിൽ ശരീരത്തിൽ നിലകൊള്ളുന്നത് ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വീടാണ് അപ്പൊ ഞാൻ ശരീരമാണ് എന്നൊരാൾ വിചാരിക്കുന്നു എന്നിരിക്കട്ടെ അവൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു വീട്ടിലൊരാൾ വസിക്കണോ എങ്ങനെ അയാൾ വസിക്കണമെന്ന് ചോദിച്ചാൽ വീടിൻ്റെ എല്ലാ വാതിലുകളും ജനലുകളും എല്ലാം അടച്ച് അതിനകത്തുക കഴിയ ആൾ ഇതാണ് ഞാൻ ശരീരമാണ് എന്ന ഭാവനയോടുകൂടിയുള്ള ജീവിതം മനസ്സിലാവുന്നുണ്ടോ വീടിൻ്റെ കഥകളും ജനലുകളും എല്ലാം അടച്ച് അതിനകത്ത് അങ്ങനെ കഴിയുന്നവരൊക്കെ ഉണ്ട് വല്ലപ്പോഴും ഒന്ന് പുറത്തിറങ്ങി ഞങ്ങൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ അങ്ങനെ പിന്നെ നാലഞ്ച് ദിവസമായി അതിനകത്ത് മരിച്ചു കിടന്നിട്ട് അറിഞ്ഞിട്ടില്ല എന്ന ആളുകൾ പിന്നെയാണ് മണമൊക്കെ വന്നിട്ട് പോയി നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് ചിലരതിനക ഒരു മാനസികമായിട്ടുള്ള വിഭ്രാന്തി കൊണ്ടായിരിക്കാം ലോകം പുറം ലോകത്തേക്ക് വരാതെ ആരും ഒരു ഉണ്ടാവില്ല ചിലപ്പോൾ കുട്ടികൾ വല്ല അമേരിക്കയിലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ അവരങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഇല്ല ഒന്ന് എങ്ങോട്ടിറങ്ങാനാണ് അപ്പൊ വീട് കൊട്ടി അടച്ച് കഴിയുന്നത് ശരീരവുമായി താതാത്മ്യം പ്രാപിച്ച് ഞാൻ ശരീരമാണ് എന്ന അറിവിൽ ജീവിക്കല ഭഗവാൻ കുറച്ചുകൂടെ ഭേദപ്പെട്ട കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു മനസ്സിനെക്കുറിച്ച് പറഞ്ഞത് വികാര വിചാരങ്ങളെക്കുറിച്ചുള്ള പറച്ചില്ല അപ്പോൾ എനിക്ക് ഒരു മനസ്സുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ ജനലുകളൊക്കെ തുറന്ന് വാതിലുകളൊക്കെ തുറന്ന് വായുവിനെയും വെളിച്ചത്തെയും ഒക്കെ കടന്നു ഉള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ മനസ്സിൽ ജീവിക്കുന്നത് എന്ന് പറയാം അപ്പോൾ അവിടെ കിളികളുടെ ശബ്ദം പൂക്കളുടെ സുഗന്ധം ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടും മനസ്സിൽ കുറച്ചുകൂടെ ശ്രേഷ്ഠമാണ് ആത്മാവിനെ അറിയുമ്പം പറഞ്ഞല്ലോ ക്ഷേത്രജ്ഞനെ അറിയേണ്ടതുണ്ട് ആ ജീവിതം വളരെ രസമാണ് അതെന്താണെന്നറിയോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങല വീട്ടിൽ നിന്ന് വെളിച്ചത്തെ അല്ലെങ്കിൽ സുഗന്ധത്തെ നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങളതായിത്തീരില്ല മറ്റത് മറ്റതിനൊക്കെ കടന്നു വരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാലോ നാം അതാണ് അതുകൊണ്ടാണ് ആത്മാവ് സർവസ്വമായിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് ഈ സാധ്യതകളെയൊക്കെയാണ് ഭഗവാൻ ഈ അസി എന്ന പ്രകരണമാണല്ലോ ഇത് ഇതായിട്ടില്ലേ വലിയ ബുദ്ധിമുട്ടാവുന്ന അപ്പം വെറും ശരീരത്തോടുകൂടി ഇരുന്നാൽ നമുക്ക് മരണം തന്നെയാണ് മറ്റതിൽ മരണമില്ല അപ്പൊ ശരീരത്തില് ഞാൻ ശരീരം എന്ന ആ ശരീരബോധത്തോടു കൂടിയിട്ട് ശരീരത്തെ നിഷേധിക്കണം എന്നല്ല ഉപനിഷത്ത് അതിന് സമ്മതമല്ല ആപ്യ എന്തു മമാങ്കാനി സ്വാമി എപ്പോഴും പറയാറുള്ളതാണ് സർവം ബ്രഹ്മ ഉപനിഷതം ഉപനിഷത്തിന് സത്യത്തെ സാക്ഷാത്കരിക്കാനാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളൊക്കെ പുഷ്ടിപ്പെടേണ്ടതുണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിനായിട്ട് ബ്രഹ്മത്തിനെതിരായിക്കൊണ്ടല്ല പോക്ക് എന്ന് പറയുക പക്ഷെ അതിനെന്തു വേണം നമ്മൾ കഥകു തുറക്കണം പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതൊക്കെ സംഭവിക്കും അപ്പം ഇങ്ങനെ മൂന്ന് തലങ്ങളുണ്ട് കൊട്ടി അടച്ചിരിക്കുന്ന അവസ്ഥ തുറന്നിരിക്കുന്ന അവസ്ഥ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അവസ്ഥ ശങ്കരാചാര്യ സ്വാമികൾ പറയും നിജഗൃഹാ പൂർണ്ണം വിനിർഗമ്യത നിജഗൃഹാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ ഇതാ എന്താണ് അത്ര വീട് നവദ്വാരെ പുരേ ദേഹി ഒൻപത് ദ്വാരങ്ങളുള്ള പുരത്തോടു കൂടിയവനാണ് ഒരുവൻ അതുകൊണ്ട് അവൻ ഈ വീട്ടിൽ നിന്ന് ദ്വാ ഈ ഗോപുരത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങേണ്ടതുണ്ട് അതിനെയാണ് ഭഗവാൻ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അതിലെ വികാര വിചാരങ്ങളെയും അറിവിനെയും ലക്ഷണങ്ങളെയും ഒക്കെയാണ് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു അസ്മിൻ ദേഹെ അപ്പി ഈ ദേഹത്തിൽ ഇരിക്കുന്നവനാണെങ്കിൽ പോലും പര പുരുഷ പരനായിട്ടുള്ള പുരുഷൻ ഉപദ്രഷ്ട അനുമന്ത ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മാച്ച ഇതി ഉക്ത എന്തൊക്കെയാണ് അവൻ ചെയ്യുന്നത് പറഞ്ഞു അല്ലേ നാല് കാര്യങ്ങൾ ആത്മാവ് അല്ലെങ്കിൽ നാല് കാര്യങ്ങൾ സ്വശരീരത്തില് നടക്കുന്നു എന്ന് പറയാം എന്തൊക്കെയാണത് ചെയ്യുന്നത് കാണുന്നു അല്ലെങ്കിൽ സകലതിനും സാക്ഷിയാകുന്നു ശരീര ശരീരത്തിലെ ഓരോ വ്യാപാരങ്ങളെയും അത് അതത് വ്യാപാരങ്ങൾക്ക് അനുവദിക്കുന്നു അനുവദിക്കുന്നത് ആരാ ഒരു പ്രത്യേക അറിവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടാണ് ആ കൈകൾ പോകുന്നത് അല്ലേ അപ്പൊന്ന് ചെറിയണം തോന്നിയാൽ അത് ആരാണ് അനുവദിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ അതെടുക്കണം തോന്നുന്നത് നടക്കണം തോന്നുന്നത് അങ്ങനെ അനുവാദം സോ ശരീരത്തെ അനുവദിക്കുക എന്നൊരു പ്രക്രിയ ഉണ്ട് എന്ന് പറയാം അതാണ് ഒന്ന് പിന്നെയോ ശരീരത്തെ ഭരിക്കുക അതേപോലെ ശരീരത്തെ നിയന്ത്രിക്കാനും നിയന്ത്രണവും നമ്മുടെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം നിയന്ത്രണം അതുപോലെ അനുഭവിക്കൽ സുഖദുഃഖങ്ങളെ അനുഭവിക്കുക സുഖം ദുഃഖം സന്തോഷം സന്താപം ഇത്യാദി ദ്വന്ദ്ങ്ങളെയൊക്കെ അനുഭവിക്കുന്നു ഇങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്യുന്നു തുടർന്ന് പറഞ്ഞു യവം വേത്തി പുരുഷം പ്രകൃതി ച ഗുണൈ സഹ സർവദ വർത്തമാന അഭി നൂയ അഭിജായതേ ഇപ്രകാരം യാതൊരുവൻ പുരുഷനെയും അതുപോലെ ഗുണങ്ങളോടുകൂടി പ്രകൃതിയെയും അറിയുന്നു അവൻ എല്ലാ ഏതൊക്കെ പ്രകാരത്തിൽ വർത്തിക്കുന്നവനായാലും അവന് വീണ്ടും ജനനമില്ല ഇതും ഭഗവാൻ പറഞ്ഞു ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി ധ്യാനത്തെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം നോക്കാം യോഗേനേന ആത്മനി പശ്യന്തി കേജിത് ആത്മാനം ആത്മന അന്യേ സാങ്കേന യോഗേന കർമ്മയോഗേന ച അപരേ ഭഗവാൻ മുൻപ് പറഞ്ഞ് ചില കാര്യങ്ങളെ അർജുനനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക നമ്മളെയൊക്കെ തന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം പറയണോ കേജിത് കേജിത് എന്ന് പറഞ്ഞ ചിലർ ധ്യാനേന ആത്മാനം ആത്മന ആത്മനി പശ്യന്തി ചിലർ ധ്യാനേന ധ്യാനം കൊണ്ട് ആത്മാനം ആത്മാവിനെ ബോധത്തെ ആത്മന ആത്മാവിലൂടെ എന്ന് പറഞ്ഞാൽ ശ്രവണം ശ്രവണദ്വാര ശ്രവണത്തിലൂടെ ആ ഒരു സംസ്കാരം ഉൾക്കൊണ്ട് ശരിയേത് തെറ്റേത് എന്ന് നന്നായി വിശകലനം ചെയ്ത ബുദ്ധി കൊണ്ട് ആത്മന ഉദരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് അവിടെ നമ്മൾ ഈ ആത്മാക്കളെയൊക്കെ കണ്ടതാ വസ്തുബോധം ഉൾക്കൊണ്ട ബുദ്ധി കൊണ്ട് ശാസ്ത്ര വിചാരം ചെയ്ത ബുദ്ധി ആത്മന ആത്മനി ആത്മനി എന്ന് പറഞ്ഞ അവനവനിൽ ആത്മാവിൽ തന്നെ പശ്യന്തി കാണുന്നു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 ആത്മന ആത്മനി ആത്മനി എന്ന് പറഞ്ഞാൽ അവനവനിൽ ആത്മാവിൽ തന്നെ പശ്യന്തി കാണുന്നു ധ്യാനത്തിലൂടെ തൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയ എന്താ സാധകൻ തൻ്റെ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു എവിടെ തന്നിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരമായി വർത്തിക്കുന്ന ആ ബോധവസ്തുവിനെ ശക്തിവിശേഷത്തെ ആത്മാവിനെ തന്നിൽ തന്നെ ദർശിക്കുന്നു ഇതൊരു സമ്പ്രദായം പറയണോ അന്യെ മറ്റു ചിലർ സാങ്കേന സാങ്കേന എന്ന് പറഞ്ഞാൽ വിചാരമാർഗം കൊണ്ട് സംഖ്യയോഗം കപിലൻ്റെ സാങ്ക്യദർശനത്തെക്കുറിച്ച് രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു ഇന്ന പ്രകാരത്തിൽ ഇന്ന പ്രകാരത്തിൽ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ സാക്ഷാത്കരിക്കുന്നു അവരെ മറ്റു ചിലർ കർമ്മയോഗേന ച പശ്യന്തി കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ കാണുന്നു കർമ്മയോഗം കൊണ്ട് കാണുക എന്ന് പറയുമ്പം അതായത് കർമ്മയോഗം എന്നിവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതായത് നിസ്വാർത്ഥമായ യജ്ഞഭാവത്തോടുകൂടിയിട്ടുള്ള കർമ്മമാണ് ഇന്നലെ ഇന്നലെ ഒരു കഥ വായിച്ചു വളരെ രസകരമായിട്ടുള്ളൊരു കഥ ഈ വിദേശത്താണ് സുനാമി പോലെ ഒരു ദുരന്തം വന്നത് അപ്പം ആ ദുരന്തം വന്ന ദുരന്തം വന്നതിന് ശേഷം പത്രത്തില് ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകളുടെ സങ്കടങ്ങളും മറ്റും സീരിയലൈസ് ചെയ്തു വരികയാണ് ഒരു പരമ്പരയായിട്ട് വരുന്നു പൂർണമായി എല്ലാം നഷ്ടപ്പെട്ട് നമുക്കിവിടെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ സുനാമി വന്ന സമയത്ത് അതിൽ പലതും അങ്ങനെ വന്നു പൂർണമായി എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളവർ അതുപോലെ ഭാഗികമായി നഷ്ടപ്പെട്ടവർ ജീവഹാനി വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ അപ്പം ഒരു പത്രത്തിൽ ഒരു ഫാമിലി ഫോട്ടോ വന്നു അതിലവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി ജീവനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം നഷ്ടപ്പെട്ടു അവരുടെ വീട് അവരുടെ വസ്ത്രങ്ങൾ എല്ലാം വീട് നഷ്ടപ്പെട്ടതോടുകൂടി പിന്നെ എല്ലാം പോവുമല്ലോ അപ്പോൾ ഒരമ്മ രാവിലെ തന്നെ ഇതെടുത്ത് നോക്കിയ സമയത്ത് അവർക്ക് എന്തോ ഒരു വല്ലാത്തൊരു താതാത്മ്യം വന്നു കാരണം അവരുടെ ഫാമിലി ഫോട്ടോ പോലെ തന്നെ അതിൽ കാണുന്ന മൂന്ന് കുട്ടികൾ ഒരു ചെറിയ കുട്ടി അതിൻ്റെ വലുത് അതിൻ്റെ വലുത് അങ്ങനെ മൂന്ന് കുട്ടികൾ ഒരു ചെടുങ്ങൻ പിന്നെ രണ്ടണ്ണെന്ന് പറയാം പിന്നെ ഭർത്താവുണ്ട് അവര് കൂടല്ല അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് എഴുതിയത് എന്തോ ഇവർക്ക് ഇവരുടെ തന്നെ ഒരു അത് തോന്നി അപ്പൊ അവരെന്ത് ചെയ്തു ആ പത്ര കട്ടിങ്സ് കട്ട് ചെയ്തെടുത്തിട്ട് അവര് ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചു എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു മക്കളെ അവർക്ക് ഈ ദാനത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടിയൊക്കെ ഈ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ കുട്ടികളോട് പറഞ്ഞു മക്കളെ ഇത് കണ്ടോ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് അപ്പം അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എല്ലാം നിങ്ങളുടെ നമ്മുടെ ഒക്കെ ഒരു പ്രായമില്ലേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് വേണ്ടാത്തതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് കൊടുക്കാം അവർക്കത് കളിക്കാനും അതുപോലെ നിങ്ങളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ കൊണ്ടുവരും എന്നിട്ട് നമുക്ക് ഇതുമായിട്ട് പോവാം ഞായറാഴ്ച പോവാമെന്ന് പറയും നാളെ പോകാം അപ്പോൾ കുട്ടികൾ അതൊക്കെ കേട്ടു അപ്പോൾ ഇവരെന്തു ചെയ്തു ഇവരുടെ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഇവരെടുത്തു ഈ അമ്മ അവരുടെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ വെച്ചു അപ്പോൾ അതിൽ മറ്റേ രണ്ട് കുട്ടികൾ അവർക്ക് ആവശ്യമില്ലാത്ത പഴയ കുറച്ച് ടോയ്സും അതും ഇതുമൊക്കെ വെച്ചു അപ്പോൾ ഏറ്റവും ചെറുത് അവനേറ്റവും പ്രിയപ്പെട്ട ഒരു ടോയ് ഉണ്ട് പട്ടിക്കുട്ടിയുണ്ട് അപ്പം അതിനെ അവന് കിടന്നുറങ്ങാനും എപ്പോഴും സദാസമയം ഇത് വേണം കൂടെ അതിനെ അവസാനമായിട്ടൊരു കിസ്സൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഓ പപ്പി നീ എന്നെ നീ എപ്പോഴാണ് കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇതൊക്കെ കൊടുത്ത് അതിൽ വെച്ചു അപ്പം ഇവർക്കൊക്കെ അത്ഭുതം അപ്പം അമ്മ ചോദിച്ചു അയ്യോ നീ അതില്ലാതെ കിടന്നുറങ്ങില്ലല്ലോ അത്ര എൻ്റെ പ്രിയപ്പെട്ട അതിനെന്തിനാണ് നീ കൊടുക്കുന്നത് അപ്പം ആ കുട്ടി പറഞ്ഞു എന്നാ ഇത് എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ് ഇത് കിട്ടിയാൽ ആ കുട്ടിക്ക് നല്ല ഇഷ്ടാവില്ലേ അങ്ങനത്തെ അല്ലേ അമ്മയ്ക്ക് ബോധ്യായതെന്ന് അമ്മ വിചാരിച്ച് കുട്ടികളെ പഠിപ്പിക്കുക ദാനം ഇപ്പം കുട്ടികളിൽ നിന്ന് അമ്മ പഠിച്ചു എന്ന് പറയാം അതെ ആ ചെറിയ കുട്ടിയിൽ നിന്ന് അമ്മ ദാനത്തിൻ്റെ മഹത്വം പഠിച്ചു കർമ്മയോഗം എന്ന് പറയുന്നത് ഈ പരനെ ഈ കുട്ടി കാണുന്നത് എങ്ങനെയാണെന്നറിയോ താൻ തന്നെയായിട്ടാണ് എനിക്ക് ഈ ചെറിയ പട്ടിക്കുട്ടീനെ കളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഈ ചെറിയ കുട്ടിക്ക് കിട്ടേണ്ടത് അല്ലാതെ എനിക്ക് ആവശ്യമില്ലാത്തത് കിട്ടുമ്പോൾ ആ കുട്ടിക്ക് എങ്ങനെ ഇരിക്കുക ഇതിലൂടെ കിട്ടുന്ന നിർവൃതി ആനന്ദമാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലാതെ വെറുതെ കുറെ മസിൽ ഇങ്ങനെ എന്താ വിയർക്കുന്ന ഏർപ്പാടിനല്ല കർമ്മയോഗം എന്ന് പറയാ രാവിലെ തന്നെ നമ്മൾ സേവനവാരം ഗാന്ധി ജയന്തിക്ക് റോഡ് വൃത്തിയാക്കുന്നതാണ് കർമ്മയോഗം എന്ന് വിചാരിച്ചിരിക്കുക നമ്മുടെ നല്ലത് തന്നെ ഒക്കെ ഒന്നും മോശം എന്ന് പറയുന്നില്ല നല്ലത് തന്നെ പക്ഷെ ഇതാണത് എന്ന് ധരിച്ചേക്കരുത് എന്ന് പറയുക ഇങ്ങനെ മൂന്ന് സാധ്യതകളെ ഭഗവാൻ മൂന്ന് രീതിയെ ഭഗവാൻ അവതരിപ്പിക്കണോ നിങ്ങൾക്ക് മൂന്നും വേണമെന്ന് വിചാരിച്ചാൽ നടപ്പില്ല ഏതെങ്കിലും ഒന്നിലൂടെ പോയിക്കോളൂ ശരി സ്വാമി ഞാൻ രാവിലെ മുതൽ കുറച്ച് ധ്യാനം ഉച്ചയ്ക്ക് ഞാൻ ഇത് ചെയ്യാം വൈകുന്നേരം കർമ്മയോഗം ഏതെങ്കിലും ഒന്ന് ഏത് വേണമെങ്കിലും ഇതിൽ സ്വീകരിക്കാം എന്ന് പറയാം തുടർന്ന് േ്യാതിരന്പരാ അന്യേതു അജാനന്ദുവാ അന്യേ എ ഉപാസത്തെ തേ അതിര മൃത്ു ശ്രുതിപരാണ ജാനന്ദ അന്യേതു അന്യേഭ്യ ശ്രുവാ ഉപാസത്തെ ഏവം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എപ്രകാരം നേരത്തെ പറഞ്ഞിട്ടുള്ളതൊക്കെ അതുപോലെ ഉം അജാനന്ദ അറിഞ്ഞുകൂടാത്ത അന്യേത്തു ചിലരാകട്ടെ അന്യേഭ്യ അന്യരിൽ നിന്ന് ശ്രുത്വ കേട്ടിട്ട് ഉപാസത്തെ ഉപാസിക്കുന്നു അപ്പൊ ചിലരെയൊക്കെ എങ്ങനെയാണ് ഉപാസിക്കുന്നത് അറിഞ്ഞുകൂടാത്തവര് അറിവുള്ളവരിൽ നിന്ന് കേട്ട് അത് അവര് ഉപാസിക്കണം അതിന് ചിലരെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും ഈ കേൾവി ശരിയല്ലെങ്കിൽ കേൾവി ശരിക്കും കേട്ടുകൊള്ളണം അല്ലെങ്കിൽ കുഴപ്പമാണ് ഈ പറഞ്ഞുവല്ലോ സ്വാമി സ്വാമിജി പറയുന്ന ഒരു കഥ എന്താണ് ഉറുമ്പിന്റെ കഥ ഉപ്പുകുന്നിൽ ഉറുമ്പും പഞ്ചസാര കുന്നിൽ ഉറുമ്പും മുൻവിധികളുമായിട്ട് കേൾക്കരുത് മുൻവിധിയായിട്ട് കേട്ടാൽ ഒരിക്കലും ശരിയാവില്ല എന്ന് പറയാം തുറന്ന മനസ്സോട് കൂടിയിട്ട് ഒഴിഞ്ഞ കപ്പ് ചായ കേട്ടിട്ടുണ്ടോ ബുദ്ധ ബുദ്ധിസത്തിലെ വലിയൊരു സന്ദേശമാണ് ഒഴിഞ്ഞ കപ്പ് ചായ ബുദ്ധ ശിഷ്യൻ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വരുന്നതാണ് അപ്പോൾ അവന് ചായ കൊടുക്കും ഗുരു അങ്ങനെ കപ്പിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക കപ്പിങ്ങനെ നിറഞ്ഞൊഴുകുന്നു അയാൾക്ക് ദേഷ്യം വരും അയാൾ പറയും ഒന്ന് നിർത്താൻ നിങ്ങളെന്ത് വെട്ട കാണിക്കുന്നത് ചായ അങ്ങനെ ഒഴുകിപ്പോകുന്നു അപ്പം അയാൾ പറയും കപ്പ് ഒഴിഞ്ഞ കപ്പിലല്ലേ നിറയ്ക്കാൻ പറ്റുമോ അതാ നിനക്ക് ഞാൻ ഉപദേശം തന്നാൽ ഇങ്ങനെ ഈ നിറഞ്ഞ കപ്പിൽ ചായ ഒഴിച്ചതുപോലെ ഉണ്ടാവും ആദ്യം കപ്പ് ശൂന്യമാക്കി വരാൻ പറയും തലമണ്ട ശൂന്യമാക്കി വരാൻ എന്തൊക്കെയോ നിറച്ച് ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുക അതുകൊണ്ട് ഗുരു കൊടുത്ത സന്ദേശമാണത്രേ അതുകൊണ്ട് ഏവം അജാനന്ദ അന്യേത്തു അന്യേഭ്യ ശ്രുത് ഉപാസത്തെ അന്യരിൽ നിന്ന് കേട്ട് ഉപാസിക്കുന്നു കേൾവി ശ്രവണം ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവണ പരമ്പരയാൽ നിലനിന്നതാ കാതിൽ നിന്ന് കാതിലൂടെ എന്ന് പറയാം പറയുന്നു ശ്രുതിപരായണാഹ ശ്രുതിപരായണാഹ കേട്ടറിയുന്നതിൽ തൽപരരായിട്ടുള്ള തേ അഭി അവരും ഇപ്പൊ കേൾവിയിലൂടെ കേട്ടതിനെ നന്നായി ബോധിക്കുന്ന അവർക്ക് ഭഗവാൻ പറയുന്നു മൃത്യം അതിതരന്തിയേവ അവർ മൃത്യുവിനെ മരണത്തെ അതിതരന്തിയേവ അതിനെ അതിവർത്തിക്കുക തന്നെ ചെയ്യുന്നു അപ്പൊ കേൾവിയിലും ഇത് സംഭവിക്കുന്നു എന്ന് പറയാം അതിതരന്തി അവരതിനെ അതിക്രമിക്കണം ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് ം രണ്ട് സാഖ്യം മൂന്ന് കർമ്മം ഇത് മൂന്നും എന്താണ് മൂന്ന് കാര്യങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് ധ്യാനത്തിലൂടെ നാം കൈവരിക്കുന്നത് മനസ്സിൻ്റെ ശക്തിയാണ് എന്നാ ധ്യാനത്തിൽ മനനമാണ് നടക്കുന്നത് മനഃശക്തി പിന്നെയോ സാഖ്യത്തിലൂടെ ബുദ്ധിശക്തി ഉണ്ടാകുന്നു എന്നാ വിചാരമാർഗം ഇത് മൂന്ന് ഒരുവന് അത്യന്താപേക്ഷിതമാണ് കർമ്മത്തിന് നിഷ്ഠാ ശക്തി അങ്ങനെ മൂന്ന് ശക്തിയെ അവതരിപ്പിക്കുന്നു എന്താണ് മനന മനനശക്തി അത് മനസ്സിൻ്റെ അതുപോലെ ബുദ്ധിശക്തി സാഖ്യത്തിലൂടെ നേടുന്നത് കർമ്മത്തിലൂടെ നിഷ്ഠാശക്തി അപ്പം ഒരുവൻ്റെ പരാജയം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ നമ്മൾ പറയില്ലേ ഓരോരുത്തരെ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് ധ്യാനത്തിലല്ല ഏത് കാര്യത്തിലും നമുക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല നമ്മൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമുക്കൊരു വ്യക്തമായ ദിശാബോധമില്ല പിന്നെയോ ഒരു സമർപ്പണം ഇല്ല എന്ന് പറയാം ഈ ഒരു ഈ സമർപ്പണം വേണമെങ്കിലോ ഒരു അച്ചടക്കം വേണമെന്ന് പറയാം അപ്പൊ അച്ചടക്കത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അഭാവത്തിലാണ് പരാജയം സംഭവിക്കുന്നത് അല്ലാതെ നമുക്ക് ബുദ്ധി ഇല്ല എന്നിട്ടൊന്നുമല്ല ഈ ആത്മാവിനെക്കുറിച്ച് അറിയാൻ അറിഞ്ഞ് മനസ്സിലാക്കാൻ വിഷമം ഉണ്ടായിട്ടോ ഒന്നുമല്ല ഒരു സമർപ്പണമില്ല സമർപ്പണം എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമാറുന്ന ഒരു അച്ചടക്കം അതാവശ്യമാണ് അതിലൂടെ നേടാവുന്നതാണ് ഇതെന്ന് ഭഗവാൻ ഇവിടെ അവതരിപ്പിക്കുന്നു അപ്പൊ ഈ എന്താ വ്യവസായത്തെക്കുറിച്ചൊക്കെ അവരുടെ ഇതിൽ അവർ പറയും മൂന്ന് തരത്തിലുള്ള വ്യവസായികളുണ്ട് എന്നാ ആര ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് വിജയിച്ചിട്ടുള്ള ആളുകൾ അവരതിന് ഒരുപാട് ആളുകളുടെ ഉദാഹരണങ്ങളൊക്കെ പറയും വിജയിച്ചിട്ടുള്ളവർ നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് വിജയിച്ചവർ എന്നാണ് എബ്രഹാം ലിംഗൻ്റെ ഒക്കെ ഉദാഹരണം പറയും എബ്രഹാം ലിംഗൺ എത്രയോ പ്രാവശ്യം പരാജയത്തിന്റെ ഒരു പരമ്പര സൃഷ്ടിച്ച ആളാണ് അവസാനം അമ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത് അപ്പൊ ഈ പരാജയങ്ങൾ മുഴുവൻ ലിങ്കനെ സംബന്ധിച്ച് പരാജയമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയുക അതൊക്കെ വിജയത്തിന്റെ ചവിട്ടുപടികളായിരുന്നു എന്ന് അവർ എണ്ണു എഡിസനെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാ ഓരോ ബൾബ് സമയത്തും എത്രയോ പരാജയം സംഭവിച്ച് അവസാനം വിജയിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്നു ഇതൊക്കെ പരാജയമല്ല വിജയമായിട്ടെ അപ്പം ഈ വ്യവസായത്തിൽ വിജയിച്ച ഒരു കൂട്ടരുണ്ട് അത്രേ അതാണ് ഒന്ന് രണ്ടാമത്തെ കൂട്ടർ പരാജയപ്പെട്ടവരാണ് നാ മൂന്നാമത്തെ കൂട്ടർ മൂന്നാമത്തെ കൂട്ടരാണ് വളരെ രസകരമായിട്ടുള്ള ആളുകൾ അവർ സെമിനാറുകൾ നടത്തുന്നവരാണ് നർക്ക് വേണ്ടി രണ്ടാമത്തെ കൂട്ടർക്ക് വേണ്ടി ഭയങ്കരന്മാരാണ് അപ്പം ഈ രണ്ടാമത്തെ കൂട്ടർക്ക് വേണ്ടിയിട്ട് അവർ ഈ പരാജയപ്പെട്ടവരുടെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിയുന്നു ഏതായാലും ഭഗവാൻ ഇവിടെ മൂന്ന് ഈ എന്താ മൂന്ന് തരത്തിൽ നമുക്ക് ഈ സത്യത്തെ പ്രാപിക്കാം എന്ന് പറഞ്ഞിരിക്കുക അതിന് നമുക്ക് എന്ത് വേണം നിഷ്ഠ വേണം ഇച്ഛാശക്തി വേണം അതുപോലെ ബുദ്ധിശക്തി മനനശക്തി ഒക്കെ ആവശ്യമായിട്ട് വരണം ഇങ്ങനെ ഓരോരുത്തരും എന്താ അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അവരുടെ എന്താ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ ഗുണങ്ങൾ അവര് കേട്ടത് കണ്ടത് അതിനൊക്കെ അനുസരിച്ച് അവർ ഈ സത്യത്തെ പ്രാപിക്കുന്നു തുടർന്നു യാവിത് സത്വം സ്ഥാവരംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാ തദ്വിദ്ധി ഭരകർഷ യാവത് സംജാതേജിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഹേ ഭരദർഷ ഹേ ഭരദർഷ അല്ലയോ അർജുന ഭരതവംശത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള അർജുന സ്ഥാവരജംഗമം യാവത് കിഞ്ചിത് സ്ഥാവരജംഗമം സ്ഥാവരം എന്ന് പറഞ്ഞാൽ ഇളകുന്നതും ഇളകാത്തതും ചരമായിട്ടുള്ളതോ അചരമായിട്ടുള്ളതോ യാവത് കിഞ്ചിത് ഏതെങ്കിലും ഒരു സത്വം വസ്തു സംജായതേ ജനിക്കുന്നു തത് അതിനെ ആ വസ്തുവിനെ ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാദ് ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗാദ് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും ചേർച്ചയിൽ നിന്ന് ത്വം വിധി നീ അറിഞ്ഞാലും ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അത് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും സംയോഗത്തിൽ നിന്നാണ് ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗത്തിൽ നിന്നാണ് ഓരോന്നും ഉണ്ടാകുന്നത് ഇതിപ്പം നമ്മുടെ എന്താ ഈ ഭഗവാൻ ഈശ്വരൻ ആരെയാണ് ആദ്യം സൃഷ്ടിച്ചത് അങ്ങനെയൊക്കെ ഉണ്ട് ഒരിക്കൽ ഈ സൺഡേ ക്ലാസ്സിൽ കുട്ടി ചോദിച്ചു എന്ന എന്തുകൊണ്ടാണ് ഈശ്വരൻ പുരുഷനെ എന്താ ആദ്യം സൃഷ്ടിച്ചത് പിന്നീട് സ്ത്രീയെ സൃഷ്ടിക്കാൻ എന്താ കാരണം അപ്പൊ അദ്ദേഹം സമാധാനം തമാശയാണ് അദ്ദേഹം പറഞ്ഞു ആദ്യം സ്ത്രീയെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പിന്നെ പുരുഷനെ സൃഷ്ടിക്കാനുള്ള എന്താ ഈ സാവകാശോ സമയോ അവർ കൊടുക്കില്ല എന്ന് അവർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഡിസ്റ്റബൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്ര ആദ്യം ഇത് സൃഷ്ടിച്ചത് ഇവിടെ ഒരു സൃഷ ഈ സംജായതയെ സൃഷ്ടി നടക്കുന്നു എന്ന് പറയുമ്പം അത്തരത്തിലുള്ള ഒരു സൃഷ്ടിയെക്കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതും അതായത് വിചാരങ്ങൾ മുതൽ നമ്മൾ സൃഷ്ടി എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിൽ ഭാരതീയ എന്താ സംസ്കൃതിയിൽ ഒരു വസ്തു ഉണ്ടാകുന്നതിന് ഈ വസ്തുവിനെ നോക്കിയിട്ടല്ല ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറയാം അല്ലെങ്കിൽ ഈ വസ്തുവിൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് മനസ്സിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വാചാരംഭണം എന്നുള്ളതിനെ വിസ്മരിക്കാൻ പറ്റില്ല എന്ന് പറയും സങ്കല്പം സങ്കല്പം സൃഷ്ടിയാണ് അപ്പം ആ ശക്തമാകുന്ന സമയത്ത് നമ്മുടെയൊക്കെ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് ഈ ലോകം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ അമ്പലപ്പറമ്പിൽ ഉത്സവപ്പറമ്പിലൊക്കെ കടകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഉണ്ടായത് നമുക്കൊക്കെ നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾ കൊണ്ടാണ് കാരണം എന്താ നമ്മൾ അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാ വെറും കയ്യോടുകൂടിയ അല്ല എന്തെങ്കിലുമൊക്കെ അളക്കുന്നൊക്കെ എടുത്ത് എല്ലാ ചില്ലറേയും കൂടെ എടുത്ത് പോക്കറ്റിലിടും പോക്കറ്റിലിടുമ്പം നല്ല ധർമ്മക്കാർക്കും കൊടുക്കാം അപ്പോൾ പോക്കറ്റിൽ ധർമ്മക്കാരെ ഇടുകയാണ് നമ്മൾ അപ്പം നമ്മളിത് സങ്കല്പിച്ച് ഈ കോയിൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സങ്കല്പങ്ങൾ ശക്തിയുള്ളതാണ് അതുകൊണ്ട് അവിടെ ഒരു ഭിക്ഷക്കാരന് വന്ന് ഇരുന്നേ അതുകൊണ്ട് പൊരി വിൽക്കുന്നവർ അവിടെ വന്നിരുന്നേ മതിയാകും ബലൂണുകാരൻ അവിടെ ഇരുന്നേ മതിയാകും വീട്ടിൽ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ നിനക്ക് അവിടെ നിന്ന് ബലൂണ് തരാം എന്ന് അപ്പം ഈ എല്ലാം ശബരിമല ഇത്രയും വികസിക്കാൻ കാരണം എന്താ അവിടെ ഹോട്ടലുകൾ അവിടെ അങ്ങനെയുള്ള വികസ വികസനങ്ങൾ വരാൻ ഏത് സ്ഥലങ്ങളിലും കെട്ട് നിറയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ സങ്കല്പം കൂടെ നിറയ്ക്കുന്നുണ്ട് അവിടെ പോയാൽ താമസം കിട്ടുവോ അപ്പൊ ഇങ്ങനെ ഒരുപാട് സങ്കല്പങ്ങൾ വരുന്ന സമയത്ത് അവിടെ ആ ആ സൂക്ഷ്മമായ സങ്കല്പങ്ങൾ സ്ഥൂല രൂപം പ്രാപിക്കാതിരിക്കില്ല ഇതുപോലെ തന്നെയാണ് റോഡുകൾ പാലങ്ങള് എയർപോർട്ട് എല്ലാം വരുന്നത് വിമാനം എല്ലാം നമുക്ക് ഈ സങ്കല്പങ്ങൾ ശക്തി കൂടുന്നു ഇപ്പൊ സൃഷ്ടിയാണ് അതെന്താ ക്ഷേത്രക്ഷേത്രജ്ഞ സംയോ സമം ഭൂത തിഷന്ത്യ സമം ഭൂത തിഷന്തം പരമേശ്വരം വിനശ്യത്സു വിനശ്യന്തം പശ്യത്തി സ പശ്യത്തി ഇതൊക്കെ ഗംഭീര ശ്ലോകങ്ങളാണ് എന്താ പറയുന്നത് ആശയങ്ങൾ മുൻപ് അവതരിപ്പിച്ചിട്ടുള്ളതാണ് എന്നാലും ഭഗവാൻ അർജുനനെ മുൻപ് പറഞ്ഞിട്ടുള്ളതിനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് യഹ ഗുരുവൻ സർവഭൂതേഷു സമം സർവഭൂതേഷു എല്ലാ ഭൂതങ്ങളെയും സമം തിഷ്ടന്തം സമമായ തിഷ്ടന്തം അതിൽ നിലകൊള്ളുന്ന പരമേശ്വരൻ പരമേശ്വരനെ വിനക്ഷ്യസു അവിനശ്യന്തം വിനശ്യ വിനശ്യത്സു എന്ന് പറഞ്ഞ ഭൂതങ്ങളുടെ നാശത്തിൽ നാശം അവിടെ ഭൂതത്തിൻ്റേതാണ് പിന്നെയോ അവിനാശിയായിട്ട് നശിക്കാത്തവനായിട്ട് പശ്യന്തി കാണുന്നത് എല്ലാറ്റിൻ്റെയും നാശത്തിൽ നാശമില്ലാത്തതിനെ കാണുന്നത് സഹ അവൻ പശ്യതി കാണുന്നു യ പശ്യതി സ പശ്യതി ആര് കാണുന്നു അവൻ കാണുന്നു എന്ത് കാണുന്നു ാശമില്ലാത്തതിനെ ആര് കാണുന്നു വലിയ കാഴ്ചയാണത് ഇത് എന്താ നമ്മുടെ സോക്രട്ടീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ സോക്രട്ടീസിൻ്റെ അവസാന കാലങ്ങളൊക്കെ അദ്ദേഹം ഒരു ഋഷിയെ പോലെ കഴിഞ്ഞാളാണ് ആദ്യകാലത്തും അതെ അദ്ദേഹം ഒരു മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലം അദ്ദേഹം പറയുന്നുണ്ട് ഒരു ജ്ഞാനിയുടെ എന്താ സമ്പൂർണ്ണ ജ്ഞാനിയുടെ തലത്തിൽ നിന്നുകൊണ്ടാ അദ്ദേഹം പറയും എന്നെ കൊല്ലുന്നവർ എൻ്റെ ശത്രുക്കളോ എൻ്റെ ശവം ആദരവോടുകൂടി മറവ് ചെയ്യുന്നവർ എൻ്റെ ബന്ധുക്കളോ ആരാണ് രണ്ടുപേരും എനിക്ക് ആരോടും ശത്രുതയില്ല എനിക്ക് ആരോടും എന്താ ബന്ധുതയും ഇല്ല എനിക്ക് ആരുമില്ല ശത്രുക്കളും ഇല്ല ബന്ധുക്കളും ഇല്ല എന്ന് പറയും അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പൊ ഞാൻ എന്റെ നാശത്തെ കാണുന്നില്ല എന്ന് പറയാ എന്നെ കൊല്ലുന്നവർ എന്ന് പറയുമ്പോൾ ഞാൻ കൊല്ലപ്പെടുന്നില്ല എൻ്റെ ശരീരത്തെ കൊണ്ടുപോയി വളരെ ബഹുമാനപൂർവ്വം സംസ്കരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അതിനെ ചെയ്യുന്നവര് അവരെ ബന്ധുക്കളും അല്ല ഇതൊരു ജ്ഞാനിയുടെ തലയാണ് അതുകൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ വ എന്താ പറയുക വീട്ടിൽ പലരുമായിട്ട് വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഭാര്യ ഒരു കുടം വെള്ളം തലയിൽ കൂടെ ഒഴിച്ച സമയത്ത് പറഞ്ഞത് ഇടി വെട്ടിയപ്പോഴേ ഞാൻ ഓർത്തു മഴ പെയ്യുന്നു അത് അകത്തു നിന്നിങ്ങനെ ഇടി പൊട്ടിക്കുന്നുണ്ടായിരുന്നു കുറെ ഒരു കുലുക്കുമില്ലാത്ത മനുഷ്യൻ എന്ന മട്ടിൽ അവർ വിചാരിച്ചു കുറച്ച് വെള്ളം തലമണ്ടയിലൂടെ ഒഴിച്ചാലെങ്കിലും അദ്ദേഹത്തിന് ഒരു മാറ്റം ഉണ്ടാവുന്നു അപ്പൊ അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചുവെങ്കിൽ അദ്ദേഹം ജ്ഞാനി തന്നെയാണ് കല്യാണം കഴിച്ചെന്നുള്ള ഒറ്റ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം ആ നാശമില്ലാത്തതിനെ ഭൂതങ്ങളുടെ നാശത്തിൽ മാറ്റത്തിൽ ഇവിടെ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ മരണങ്ങൾ മരണത്തിൽ മരണമില്ലാത്തതിനെ കാണലാണ് കഠോപനിഷത്തിലെ വിഷയം അതാണ് എല്ലാം യമം എന്ന് പറഞ്ഞാൽ അതാണ് നിയമമാണ് അതായത് ഒന്നാക്കുക വിത്തിൻ്റെ മരണമാണ് വൃക്ഷത്തിൻ്റെ ജനനം വിത്ത് മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മരിക്കുന്നില്ല അപ്പൊ അതിൽ ആ മുളയെ കാണുന്നവൻ ആരാണ് അതിൽ പരമേശ്വരനെ കാണുന്നവൻ ആരാ അവൻ കാണുന്നു അല്ലാത്തവനോ കാണുന്നില്ല എന്ന് പറയാം സമവസ്ഥ സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം ന അസ്തി ആത്മാനം ആത്മന ആത്മാനം തഥാ യാതി പരാംഗതി ഹി എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ പറയുന്നു സർവത്ര സമം സമവസ്ഥിതം ഈശ്വരം പശ്യൻ എല്ലായിടത്തും ഒരു വ്യത്യാസവും കൂടാതെ സമം എന്ന് പറഞ്ഞാൽ തുല്യമായിട്ടുള്ള സമവസ്ഥിതം സ്ഥിതി ചെയ്യുന്ന ഈശ്വരം ഈശ്വരനെ പശ്യൻ പശ്യൻ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ ആത്മനാ ആത്മാനം ആത്മാവ് തന്നെത്താൻ തന്നെ ആത്മാനം ഹിനസ്തി അവൻ ഹിംസിക്കുന്നില്ല എന്ന് പറയാ അവൻ അവനെ ഹിംസിക്കുന്നില്ല അല്ലാതെയുള്ളവൻ അവനെ ഹിംസിക്കുന്നു എന്ന് പറയാ എന്താ ഈ ഇതിൻ്റെ ഈ ഹിംസ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ നിങ്ങളോടൊരു ഉദാഹരണം പറയാം കൈലാസ യാത്രയിൽ നേപ്പാളിൽ നിന്ന് എവറസ്റ്റ് യാത്ര ഉണ്ട് എവറസ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ എവറസ്റ്റിലേക്കും യാത്ര പോകാം എവറസ്റ്റ് യാത്ര എന്ന് പറഞ്ഞാൽ അത് ചെറിയ വിമാനത്തിലാണ് ഒരു പതിനഞ്ച് പേരൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഓരോ ചെറിയ ചെറിയ സീറ്റായിട്ടുള്ള സിംഗിൾ സീറ്റായിട്ടുള്ള വിമാനമുണ്ട് ചെറിയ വിമാനം അപ്പോൾ അത് എടുത്തിട്ട് പോവുകയാണ് ഒരു പതിനാറ് പേരൊക്കെ പതിനഞ്ച് പേരൊക്കെയാണ് അങ്ങനെ പോവുക അപ്പോൾ ഞങ്ങളതിൽ കുറച്ച് പേര് ഇതിൽ പോവുക അപ്പം അവരുടെ ഉദ്ദേശം തന്നെ എവറസ്റ്റ് യാത്രയാണ് വേറെ ഒന്നുമല്ല അപ്പോൾ എവറസ്റ്റിൻ്റെ വളരെ അടുത്തുകൂടെ അതങ്ങനെ പോവും ഭയങ്കര രസമാണ് അപ്പോൾ എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങളുടെ നിരയാണ് അപ്പോൾ അതിൽ ഓരോ പർവ്വതങ്ങൾക്കും പേരുകളുണ്ട് പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് അതിന് ഇത്ര ഇത്ര അടി ഉയരം എല്ലാം അവർ കണക്കാക്കിയിട്ടുണ്ട് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരൊരു ചാർട്ട് തരും അവർ ചാർട്ട് തന്നിട്ട് ആ ഒരു സ്കെച്ച് നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് അവരങ്ങനെ കാണിച്ച് തരും പിന്നെ ഫ്ലൈറ്റിൻ്റെ ആ കോപ്പിയിലേക്കൊക്കെ പോയിട്ട് നമുക്കതൊക്കെ കാണാം അതൊക്കെ ഇങ്ങനെ മുൻപിൽ നിന്ന് ഇങ്ങനെ കാണാം അപ്പം അതിൽ ഇവരിങ്ങനെ പറയും ഇതാ ഇടതുവശത്തേക്ക് നോക്കൂ ഇടതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പൈലറ്റാണ് ഇത് പറയുന്നത് ഇടത് വശത്ത് കാണുന്നത് നിങ്ങളിതാ ഇന്ന പർവ്വതങ്ങളാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയും കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ദാ വലതുവശത്തേക്ക് നോക്കൂ നിങ്ങൾ കാണുന്നത് ഇതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പേടിച്ചിട്ടൊരാൾ നിങ്ങളൊന്ന് നേരെ നോക്കൂ അത് ഓടിക്കുന്ന ആളോട് പറയാം ഇതിൽ വലിയൊരു തമാശയുണ്ടെങ്കിലും ഇതാണ് അവർ കാണുന്നത് എവറസ്റ്റിനെയല്ല അവരെന്ത് കാണുന്നു മരണത്തെ കാണുന്നു ഇത് തമാശയാക്കി എടുക്കരുത് നിങ്ങൾ ഏറ്റവും സട്ടിലായിട്ടുള്ളൊരു ആശയത്തെയാണ് ഭഗവാൻ ഇവിടെ അവതരിപ്പിച്ചത് ഈ ഒരു ഉദാഹരണത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാകുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു യന്ത്ര കുഞ്ഞാലിൻ്റെ പോയിട്ട് അവിടെ നിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു ഒരു അതിൻ്റെ ഏറ്റവും രസമായിട്ടുള്ളൊരു സ്ഥലമാണ് അത് അതുകൊണ്ട് ഒറ്റ കറക്കത്തിൽ തന്നെ വേഗം നിർത്തിക്കോളം പറയും നിർത്തു നിർത്തുക അവർക്കറിയാം ഇത് പിന്നെ ഒരു നാലഞ്ച് കറക്കം കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒന്നും കൂടെ കറങ്ങണം തോന്നുമ്പോഴേക്കും കഴിയും അങ്ങനെ ഒരു രണ്ട് കറക്കം കറങ്ങുമ്പോഴാണ് അതിൻ്റെ ആസ്വാദനം സംഭവിക്കുന്നത് അപ്പം കൈലാസം അല്ലെങ്കിൽ എവറസ്റ്റ് എവറസ്റ്റ് ഇവിടെ നോക്കി അത് ആസ്വദിക്കാൻ പറയണു ഇവിടെ നോക്കി അത് ആസ്വദിക്കാൻ പറയുമ്പം നമുക്ക് പേടിയാണ് ഇയാളിത് കൊണ്ടുപോയിട്ട് മുട്ടിക്ക് ഇതുകൊണ്ട് നിങ്ങളൊന്ന് ദയവ് ചെയ്ത് നേരെ നോക്കും വണ്ടി ഓടിക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞ് തരികയാണെങ്കിലോ ഇതാ ഈ കാണുന്നത് ഞങ്ങളുടെ അമ്മായിടെ ആ ശരി ശരി ചെരി അതാ വരുന്നു വേറെ വരുന്നു നേരെ വിട്ടു അപ്പം നമുക്കത് കാണാൻ നമുക്ക് താല്പര്യമില്ല നമ്മൾ മരണത്തെ കാണും ഞാൻ ഇല്ലാതെ ആകുന്നുവല്ലോ വന്ന് എന്നെ ഇടിക്കുമല്ലോ എന്നൊക്കെ ഞാൻ കാണുന്നു അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ആത്മാവിനെ കാണുന്നില്ല നമ്മൾ കാണുന്നത് നമ്മുടെ സ്വാർത്ഥതയിൽ അഹം എന്ന ബോധത്തിൽ എനിക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും ഒക്കെ ഞാൻ കാണുന്നു അതുകൊണ്ട് ഈ കാഴ്ച നമുക്കിങ്ങനെ നഷ്ടപ്പെടുന്നു ഹി സർവത്ര സമം സമവസ്ഥിതം ഈശ്വരം പശ്യന് ആത്മനാത്മാനം അവൻ ഹിംസിക്കുന്നില്ല അവനെ സംബന്ധിച്ച് അവനങ്ങനെ കാണും മരിക്കുന്ന വേളയിലും അവനതിനെ കാണുമെന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഒരു ഗംഭീര കഥയുണ്ട് അതായത് ഒരു സൻ മാസ്റ്റർ കാട്ടിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പിറകില് സിംഹം വരും അപ്പൊ ഇയാള് വേഗത്തിൽ നടക്കും ഇയാളുടെയാ നടത്തതിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അവരുടെ ഒരു ശൈലി ഉണ്ട് അപ്പോൾ സിംഹവും അതുപോലെ നടത്തുന്ന ചുരുക്കി പറഞ്ഞാൽ ഇയാളൊരു കിണറിൽ ഒരു വലിയ കിണറിൽ വീണു എന്നാ വീണു ആ കിണറിൻ്റെ താഴെ നോക്കുന്ന സമയത്ത് ഒരുപാട് എന്താ ഈ മറ്റ് വിഷജന്തുക്കളോ അതും ഇതുമൊക്കെയുണ്ട് അങ്ങനെ അയാളൊരു കിണറ്റിലേക്ക് വീണു വീണ സമയത്തൊരു മരത്തിൻ്റെ കമ്പിൽ പിടിച്ചു എന്നാണ് ആ കമ്പ് ഇതിനെ വേറെ പല പ്രകാരത്തിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സൗന്ദര്യം വേറൊരു സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് അതിനവതരിപ്പിച്ചത് അദ്ദേഹം അതിൽ കൊമ്പ് പിടിച്ചു ആ കൊമ്പ് പിടിച്ച ആ കൊമ്പ് ഇങ്ങനെ പൊട്ടാനായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആ സമയത്ത് എലി വന്നിട്ട് അങ്ങനെ കരളുന്നു അത്രേ ആ കൊമ്പിനെങ്ങനെ കാർന്ന് കാർന്ന് ഇനിയാണ് ആ സമയത്താണ് മുകളിൽ നിന്ന് ഒരു എന്താ തേൻ കൂട്ടിൽ നിന്ന് തേൻ ഇങ്ങനെ വിട്ടി അപ്പോൾ അദ്ദേഹം അതിങ്ങനെ ശരിക്കും ആസ്വദിച്ചു അപ്പം ഈ കഥയെ നേരെ തിരിച്ചിട്ട് മൂടനായിട്ടുള്ള ഇയാൾ ഈ മരണത്തിൻ്റെ സമയത്ത് തേൻ നുകരുന്ന ഒരു വിഡിത്തരമായിട്ടൊക്കെയാണ് കേട്ടിട്ടുള്ളത് പക്ഷേ അത് ആ കഥയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അതിൻ്റെ അവസാന സമിതി ഇതാ മരണം മുൻപില് മരണത്തിലേക്ക് വീഴുന്ന സമയത്തും അവസാന തുള്ളി തേനിനെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കാൻ പോകുന്ന ഒരു മനോഭാവം ഉള്ളവന് മരണം എന്നൊന്നില്ല നമ്മളെ സംബന്ധിച്ച് ഈ തൂയി കിടക്കുന്ന സമയത്ത് തേന് കണ്ടാൽ അതുകൊണ്ട് നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ നമുക്ക് എഴുത്തച്ഛനോടൊക്കെ ചെറിയൊരു വിയോജിപ്പെന്നല്ല കാരണം രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ തവളയുടെ ആ പാമ്പിന്റെ വായിക്കകത്ത് വെട്ട തവള കൊതുകിനെ പിടിക്കുന്നത് തവളയെ സംബന്ധിച്ച ഒരു ആനന്ദദായകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാ അവസാനത്തെ കൊതുവിന് ഒഴിവാക്കണം അതുകൊണ്ട് ആദ്യമേ ഇത് ഉറപ്പിച്ചു എന്താണ് ഉറപ്പിക്കേണ്ടത് സമവസ്ഥിതം ഈശ്വരം പശ്യന് ആത്മന ആത്മാനം അങ്ങനെ കാണുന്നവൻ അവനെ ഹിംസിക്കുന്നില്ല എന്ന് പറയാ അല്ലെങ്കിൽ ഹിംസിക്കും തഥ അതുകൊണ്ട് പരാംഗതിം യാതി പരാമ പരാംഗതി പരമമായ ഗതിയെ മോക്ഷത്തെ യാതി പ്രാപിക്കുന്നു അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു അവനാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത് അല്ലാത്തവൻ എന്ത് മോക്ഷം ഒരു മോക്ഷമില്ല അത് ചിലരൊക്കെ അതാണ് ഗീത ഗീതയുടെ ഒരു മഹത്വം എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആ അസുഖവുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ച് പിന്നെ അയ്യോ പിന്നെ ഈ ആളുകളുണ്ട് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ കാണാൻ പോകുന്നവരുണ്ട് അവിടെ അങ്ങോട്ടേക്ക് എത്തുമ്പോ അവരുടെ മുഖമൊക്കെ ഇത് കാണുമ്പോ ഇവർക്ക് ദേഷ്യം വരും നിങ്ങളെന്തിനാ വിഷമിക്കുന്ന ദയവേ ഇത് കാണാൻ പോവാതിരിക്കും കരുത്തുള്ളവര് പോയാ മതി അവരുടെ വിചാരം എങ്ങനെയാ എങ്ങനെ ഒരു മുഖഭാവമൊക്കെ വെച്ച് അതുവരെ പഠിക്കൽ വരെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടാണേ ഇവിടേക്ക് അങ്ങോട്ട് കേറുമ്പോഴേക്കും വളരെ അപ്പൊ ചായ കൊടുത്ത് ചായ കുടിക്കുന്നതിനൊക്കെ തന്നെ ഒരു ഒരു മരിച്ച ചായയ കുടിക്കിപ്സ് കഴിക്കുന്നതൊക്കെ അതൊക്കെ വായിൽ കുറെ നേരം ഇങ്ങനെ വെക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ എങ്ങനുണ്ട് വളരെ സ്മാർട്ടായിട്ടുണ്ടല്ലോ ആ റേഡിയേഷൻ കഴിഞ്ഞതോടുകൂടി ആളൊന്നും ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റണം നമുക്ക് ശരി തുടർന്നു പ്രകൃമാ പശ്യത്തിനർ സ പശ്യ പ്രകൃതി കർമാണി കിട്ടി യ പശ്യത്തിനും അകർത്തരം സ പശ്യത്തി കാണുന്നവനെ കുറിച്ച് പറയുക കാണുക എന്നുള്ളത് ഇവിടെ അനുഭവത്തെ തന്നെയാണ് അതുകൊണ്ടാണ് ദർശനം കാണൽ എന്ന് പറഞ്ഞാൽ ദർശനം ദർശനം എന്ന് പറഞ്ഞാൽ ഈ നേത്രങ്ങളെ കൊണ്ടല്ല അനുഭവത്തിലാണ് ഇവിടെ നേത്രം സർവശ കർമാണി സർവശ എല്ലാ പ്രകാരത്തിലുള്ള കർമ്മങ്ങൾ പ്രകൃത്യേവ ക്രിയമാണാനി പ്രകൃതിയാൽ തന്നെ ചെയ്യപ്പെടുന്നതാണ് നമ്മൾ ഈ പ്രകൃതിയാലുള്ള കർമ്മത്തെ ഈ അതിനെങ്ങനെ തിരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഒരു രസമായിട്ടുള്ളൊരു കഥയുണ്ട് അതായത് മൃഗങ്ങൾ ഒരു സ്കൂൾ തുടങ്ങും എല്ലാം കൂടെ കൂടിയിട്ട് ആ സ്കൂളിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും എല്ലാ കലയും പഠിക്കണം എന്നുള്ളതാണ് മത്സ്യങ്ങൾ നീന്ത മാത്രം പഠിച്ചാൽ പോരാ മത്സ്യങ്ങൾ പറക്കാനും പഠിക്കണം പറക്കുന്നത് നീന്താൻ പഠിക്കണം നീന്തുന്നത് മാളുണ്ടാക്കാൻ പഠിക്കണം മാളുണ്ടാക്കുന്നത് മരത്ത് കയറാൻ പഠിക്കണം മരത്ത് കയറുന്നത് നീന്താൻ പഠിക്കണം ഇങ്ങനെ എല്ലാവർക്കും എല്ലാ യോഗ്യതകളും വേണം എന്നാണ് അധ്യാപനം തുടങ്ങി പക്ഷേ ആരും സക്സസ് ആവുന്നില്ല തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് സാധിക്കുന്നു ആർക്കും വിജയിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ആ കുട്ടിയെ മോഹിനിയാട്ടം കൊച്ചുപ്പുട്ടി ആ പുട്ടി ഈ പുട്ടി എന്നിട്ട് വേണ്ട പാവം അതിൻ്റെ കോലം കാണണം എങ്ങനെയെങ്കിലും സകല കല സകല കൊല അല്ലേ ചുരുക്കി പറഞ്ഞ ഒരു മൂങ്ങയാക്കി മാറ്റിയ മൂങ്ങ എന്ന് പറഞ്ഞ ഉറപ്പില്ലാത്തൊരു ജീവി എന്താ അങ്ങനെ ആക്കി തീർക്കാനുള്ള അത് കൊറേ ഇത് കൊറേ ഞാൻ നമുക്ക് വായിച്ചപ്പോ വളരെ രസം തോന്നി അത് അതിന്റെ ഉദ്ദേശം ഇതാണ് ഒരാൾ ഒരിക്കലും ഒരു അദ്ദേഹത്തിന് ഒരു നായ ഉണ്ടായിരുന്നു അത് അത് രാവിലെയായി കഴിഞ്ഞ പത്രം എടുത്തു കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് കൊടുക്കും പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പാല് വരും ഒരു സഞ്ചിയിൽ പാലിട്ട് വയ്ക്കും ആ പാല് എടുത്തു കൊണ്ടുപോയിട്ട് അടുക്കളയിൽ കൊച്ചമ്മയ്ക്ക് കൊടുക്കും ഇങ്ങനെ ഓരോ ജോലിയും ചെയ്യും കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഷൂ എടുത്തു കൊണ്ടു കൊടുക്കും സോപ്സ് എടുത്തുകൊണ്ട് കൊടുക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്ന അത്യാവശ്യം വീട്ടുജോലികളൊക്കെ പഠിച്ചൊരു നായ അത് അത് സമാധിയായി മരിച്ചു എന്ന് പറയാൻ പാടില്ലല്ലോ അങ്ങനെ അദ്ദേഹം വേറൊരെണ്ണത്തിനെ മേടിച്ചു എന്ന് പറയാം എന്നിട്ട് അതിനെ ട്രെയിൻ ചെയ്യാം അപ്പൊ പഴയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ പഴയത് ഭക്ഷണം കഴിക്കാൻ മൂന്ന് കൊര ഇങ്ങനെ കുരയ്ക്കും മൂന്ന് പ്രാവശ്യം കുറച്ചു കഴിഞ്ഞാൽ ഭക്ഷണം അതാണ് അതിൻ്റെ രീതി അവന് പറയാനുള്ളതൊക്കെ അങ്ങനെയാ ഇയാൾ തന്നെ കൊണ്ടുവന്നു ട്രെയിനിങ് തുടങ്ങി ആദ്യത്തെ ട്രെയിനിങ് ഇതാണ് ഭക്ഷണം കഴിപ്പിക്കല ഇദ്ദേഹം കൊരച്ചിട്ട് അതിന് പഠിപ്പിക്കുക മൂന്നെണ്ണം കഴിഞ്ഞിട്ട് കഴിക്കാൻ സമ്മതിക്കുള്ളൂ ഈ ഇത് ശരിയാവുന്നില്ല ഇത് ഈ പറഞ്ഞ പോലെയാ സർവശ കർമാണി പ്രകൃതിയായവ വഴങ്ങുന്നില്ല എന്ന് പറയാം അദ്ദേഹത്തിന് തോന്നി ശരിയാവില്ല അദ്ദേഹം ഉപേക്ഷിച്ചു എന്തെങ്കിലും ആവട്ടെ അതങ്ങോട്ട് വളരട്ടെ എന്ന് പറയാം പക്ഷെ ഭക്ഷണം കൊടുത്താ അത് കഴിക്കില്ല ഇങ്ങൊരു മൂന്ന് കൊര കുറയ്ക്കണം അദ്ദേഹം കുറച്ചാലേ അത് അത് കഴിക്കുക പഠനം നേരെ ഉപരി പഠിച്ചു സംഭവം പഠിച്ചു പക്ഷേ നേരെയായിപ്പോയി സകല പ്രകാരത്തിലുള്ള കർമ്മങ്ങളും പ്രകൃതിയാൽ തന്നെ ചെയ്യപ്പെടുന്നതാണോ പ്രകൃതിയുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഈ സത്വരചതമോ ഗുണത്താൽ പ്രഭാവിതമാണോ നി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യകർമ്മകൃത് കാര്യദേഹ്യവശ കർമ്മ സർവപ്രകൃതിജൈഹി ഗുണൈഹി എന്നുള്ളത് കർമ്മയോഗ സിദ്ധാന്തത്തിന്റെ ഒരു ഒന്നാം പാടാണ് പ്രകൃതി ഗുണത്തിനനുസരിച്ച് ഇവിടെ സകല സകലതും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ഒന്നും തന്നെയില്ല എല്ലാ ചലനങ്ങളിലും ചലനമില്ലാത്ത ആ സദ്വസ്തുവിനെ ആര് കാണുന്നു എല്ലാ ചലനങ്ങളിലും ചലനമില്ലാത്ത ആ സദ്വസ്തുവിനെ ആര് കാണുന്നു ഭഗവാൻ അവതരിപ്പിച്ച ആശയം തന്നെയാണ് യഥാഭൂതപഥം ഏകസ്ഥ്രഹ്മപത്തെ തൂതപൃഥക് ഭാവം ഏകസ്ഥം അനുപശ്യതി തഥ ഏവച വിസ്താരം ബ്രഹ്മസമ്പതി തഥ ഭൂതപൃഥക് ഭാവം ഭൂതങ്ങളുടെ എന്തൊക്കെ ഈ വിശ്വത്തിൽ ഭവിച്ചിട്ടുണ്ടോ അതിൻ്റെയെല്ലാം പൃഥക്ഭാവം വെവ്വേറെയായിട്ടുള്ള ഭാവത്തെ ഏകസ്ഥം അതൊന്നിലിരിക്കുന്നതാണ് എന്നും വളരെ എളുപ്പമാണ് സ്വർണത്തിൻ്റെ പല ഭാവങ്ങൾ അല്ലേ വളയായിട്ടും മാലയായിട്ടും കമ്മലായിട്ടും അരഞ്ഞാണായിട്ടും ഇങ്ങനെ പലതുമായിട്ടിരിക്കുന്നത് ഏകസ്തം ഒന്നിലിരിക്കുന്നതാണെന്നും തഥ അതിൽ നിന്ന് തന്നെയാണ് ഏവ വിസ്താരം ഇതൊക്കെ വിസ്താരമായത് നാനാരൂപത്തിലായത് ആ സ്വർണ്ണമാണ് നാനാരൂപമായത് മണ്ണാണ് നാനാരൂപമായത് അരിമാവാണ് നാനാരൂപമായത് ഇല്ലേ ഇതാരാണോ ഇങ്ങനെ യഥാ അനുപശ്യതി യഥാ എപ്പോഴാണോ അനുപശ്യതി ഈ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകസ്ഥം ആ ഏകസ്തത്തിന് ഒന്നിലിരിക്കുന്നതിന് ഒന്ന് ഒന്നായിട്ട് ഒന്നായ നിന്ന ഇഹ അല്ലേ ഒന്നായതിനെ രണ്ടായി കണ്ടതാണ് പ്രശ്നം എന്ന് പറയുക ഒരിക്കലും ഒരാള് കുട്ടികളുടെ അതായത് അവരുടെ എന്താ ഈ ജനിച്ചു കഴിഞ്ഞാൽ പോയി പറയേണ്ട സ്ഥലമുണ്ട് ആശുപത്രിയിൽ വേറെ തന്നെ ഒരു സ്ഥലമാണ് അവിടെ പോയിട്ട് പറഞ്ഞു ഒരാൾ ഇരിക്കുകയാണ് അവിടെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നല്ലയോ മാന്യന്മാരെ എനിക്ക് രണ്ട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് അതിനൊന്ന് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇദ്ദേഹം കുറച്ച് കഴിച്ചിട്ടുണ്ട് എന്ന് പറയാം അപ്പം അദ്ദേഹം ചോദിച്ചു നിങ്ങളാരെ മാന്യന്മാരെയെന്ന് വിളിച്ചത് ഞാനിവിടെ ഒരാളെ ഉള്ളുവല്ലോ എന്നാൽ ഞാൻ കുട്ടിയെ ഒന്നുകൂടെ പോയി നോക്കി വരാം ഞാൻ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് പറഞ്ഞു ഇരട്ട കുട്ടികളുടെ അച്ഛനാണ് പേര് രജിസ്ട്രിയാണ് ഞാൻ ഒന്നുകൂടെ സ്വാമി തിരിച്ചെടുത്തു ഏകസ്ഥം ഒന്നായിരിക്കുന്നതിന് ആരാണോ ഏവ അത് തന്നെയാണ് വിസ്താരം പലതായിട്ടിരിക്കുന്നത് എന്ന് എപ്പോഴാണ് യഥാ അനുവശതി കാണുന്നത് തഥാ അപ്പം ബ്രഹ്മ സമ്പദ്ധ്യത അവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു ബ്രഹ്മപ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ ഇതാ പലതായിട്ടുള്ളത് ഒന്നാണ് എന്ന് അറിയുന്നത് എപ്പോഴാണ് അപ്പോൾ പലതായത് പലതില്ല എന്നും പലതിലേയും ആ നൂലിനെ ആര് കാണുന്നു അപ്പൊ ബ്രഹ്മ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു തുടർന്ന് പറയണം ഈ അധ്യായത്തെ ഭഗവാൻ ഉപസംഹരിക്ക ഈ ഒരു ദൃഷ്ടാന്തത്തെ ഈ ഒരു ശ്ലോകത്തെ ശങ്കരാനന്ദ ഭാരതി എന്ന് പറഞ്ഞ ഒരു മഹാത്മാവ് ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് വയൽ വയലിനെ ഭൂമിയിൽ പല അതിരുകൾ നിർണയിച്ച് കണ്ടങ്ങളാക്കുന്നത് ഇല്ലേ നമ്മൾ പറയില്ലേ പലതാക്കുമല്ലോ ഇതുപോലെയാണ് വാസ്തവത്തിൽ അത് പലതാണോ അല്ലയെന്ന് പറയാം ഇതൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ് തട്ടാതെ തന്നെ ഒന്നാണ് അല്ലേ അപ്പോൾ വലിയ ഈ കന്നു പൂട്ടി കഴി കന്നു പൂട്ട ട്രാക്ടറൊക്കെ വെച്ചിട്ട് ഇത് മുഴുവൻ അട്ടിച്ചൊട്ടച്ച് അങ്ങോട്ട് എല്ലാം ഒന്നാക്കിയിട്ട് ഈ നമ്മുടെ കേരളത്തിലൊക്കെ അത് കാണാൻ തന്നെ കുറവാണ് കുട്ടനാടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ റോഡും അതും ഇതുമൊക്കെ വന്നിട്ട് അത് മൊത്തത്തിലങ്ങട്ട് ഉഴുത് മറക്കും പിന്നെ ഒന്നുമില്ല പിന്നെയാണ് അവരത് എന്താ കോരി എടുത്ത് അതിനെ പല പല തട്ടുകളാക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്നാ പറയുന്നത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുക ആ തട്ടുകൾ സൃഷ്ടിക്കുന്നതോടുകൂടി പല പല കണ്ടങ്ങളായി പലതായി തീർന്നു ഇത് തട്ടിക്കഴിഞ്ഞാലോ അതെല്ലാം ഒന്നായി അതിൻ്റെ ഭൂ ഉടമ ഇതിനെ ഒന്നായിട്ടാണ് കാണുക പലതായിട്ട് കാണില്ലായെന്ന് പറയും തൽക്കാലം അത് പലതായിട്ട് പലതായിട്ട് പല കൃഷിയും വേണമെങ്കിലും ചെയ്യാം അതിന് നെൽപ്പാടമെന്നും ഗോതമ്പ് പാടമെന്നും അതിന് വേറെ മറ്റ് പല കൃഷിയിടങ്ങളാക്കിയിട്ട് തിരിക്കാമെങ്കിൽ കൂടിയിട്ട് തുടർന്ന് ഭഗവാൻ പറയുന്നു ഹേ കൗന്ദേയ അല്ലയോ അർജുന അനാദിത്വാദ് അനാദിത്വാദ് എന്ന് പറഞ്ഞാൽ ആദിയില്ലായ്മ കൊണ്ടും അതുപോലെ നിർഗുണത്വാത് ഗുണരാഹിത്യം കൊണ്ടും ഗുണം ഏതെങ്കിലും ഒരു ഗുണത്തിൽ ചേർന്ന് നി മുൻപ് അവതരിപ്പിച്ചതാണ് ഏതെങ്കിലും എല്ലാ ഗുണങ്ങളും പ്രധാനം ചെയ്യണമെങ്കിൽ ബ്രഹ്മത്തിന് നിർഗുണമായിരിക്കണം എന്നാലേ എല്ലാ ഗുണവും പ്രദാനം ചെയ്യാൻ സാധിക്കും അതിന് ജലത്തിന്റെ ഉദാഹരണത്തിലൂടെയും വായുവിന്റെ ഉദാഹരണത്തിലൂടെയും നമ്മൾ ഇന്നലെ കണ്ടതാണ് അനാദിത്വാദ് നിർഗുണത്വാദ് അവ്യയ വ്യയമില്ലാത്ത നാശമില്ലാത്ത അയമാത്മാ ഈ ആത്മാവ് ശരീരസ്ഥ അഭി ശരീരസ്ഥ അഭി ശരീരത്തിൽ ഇരിക്കുന്നവനാണ് എങ്കിലും നരോതി ഒന്നും ചെയ്യുന്നില്ല ന ലിപ്യത ഒന്നിനാലും ബാധിക്കപ്പെടുന്നു എന്തിനാ എങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ ഈ സത്യസാക്ഷാത്കാരത്തിൽ നിന്ന് അകലരുത് എന്ന് പറയുക അതുകൊണ്ട് ഞാൻ പാപം ചെയ്തവനാണ് ഞാൻ അത് ചെയ്തവനാണ് ഇത് ചെയ്തവനാണ് പാപം ചെയ്തവനാണെന്നുള്ള പാപബോധവും വേണ്ട ഞാൻ കുറേ പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനധികാരിയാണ് എന്നും കരുതണ്ട എന്ന് പറയുക അതുകൊണ്ട് ഇതിനെ അറിയേണ്ടത് അനുഭവിക്കേണ്ടതാണ് തുടർന്ന് അടുത്ത രണ്ടു മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് ഈ അധ്യായത്തെ ഭഗവാൻ ഉപസംഹരിക്കുന്നു നോക്കാം നമുക്ക് യഥാ സർവഗതം സൗക്ഷ്മ്യ ആകാശം തഥാത്മാനോപലിപ്യുന്നു യഥാ സർവഗതം സൗക്ഷ്മ്യത് ആകാശം ന ഉപലിപ്യതത്ര അവസ്ഥിതേ തത്മാ ന ഉപലിപ്യത്തെ സർവഗതം ആകാശം സൗക്ഷ്മ്യത് സർവഗം സകലവ്യാപ്തമായ ആകാശം ആകാശം സൗക്ഷ്മ്യത് സൗക്ഷ്മ്യാദ്ന്ന് പറഞ്ഞാൽ സൂ അതിൻ്റെ സൂക്ഷ്മത നിമിത്തം യഥാ യാതൊരു പ്രകാരത്തിലാണോ ഉപലിപ്യതേ ഒന്നിനാലും ബാധിക്കപ്പെടാത്തത് ആകാശം ആകാശത്തിൽ നിലകൊള്ളുന്ന ഒന്നും ആകാശത്തിൽ എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ സ്പേസിൽ എന്തൊക്കെ നിലകൊള്ളുന്നുവോ അതിൻ്റെ യാതൊരു ഗുണവും സ്പേസിന് കിട്ടാറില്ല അത് വായു ആണെങ്കിൽ പോലും അതിനെ അത് സ്വാധീനിക്കുന്നില്ല എന്ന് പറയുക അത് ബാധിക്കപ്പെടുന്നില്ല അതുപോലെ കഥ അപ്രകാരം സർവത്രദേഹേ സർവത്ര ദേഹം എന്ന് പറഞ്ഞാൽ എല്ലാ ദേഹത്തിലും അവസ്ഥിത സ്ഥിതി ചെയ്യുന്ന ആത്മാ ആത്മാവ് ന ഉപലിപ്യതേ ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല അറിഞ്ഞുള്ളൂ നമ്മുടെ ഒരു കർമ്മങ്ങളും ആത്മാവിനെ ബാധിക്കുന്നതല്ല നിങ്ങൾ എന്ത് സത്കർമ്മം ചെയ്താലും എന്ത് ദുഷ്കർമ്മം ചെയ്താലും ദുഷ്കർമ്മവും സത്കർമ്മവും ഒക്കെ മനസ്സിനെ ബാധിക്കുന്നതാ ഓർക്കുക അടച്ചുപൂട്ടിയ വീട് ജനല് തുറന്ന വീട് പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അകത്തിരിക്കുമ്പോഴേ ഉള്ളൂ പ്രശ്നങ്ങൾ അതുകൊണ്ട് നന്നായി ഓർത്തോളൂ ആത്മാവിന് സുഖദുഃഖങ്ങളോ ഇങ്ങനത്തെ ലാഭനഷ്ടങ്ങളോ വ്യാപാരങ്ങളൊന്നും ആത്മാവിലില്ല യാതൊരു കച്ചവടവും ഇല്ല എന്ന് പറയാം എടുക്കലും കൊടുക്കലും ഒന്നുമില്ല എന്താ ഭഗവാൻ പറഞ്ഞു ഏതുപോലെ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളൊക്കെ ആകാശത്തിൽ നിലകൊള്ളുന്നു പക്ഷേ അതൊന്നും ആകാശത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയും അപ്പൊ ഞാനൊരു ആകാശം പോലെ നിലകൊള്ളണം എന്തും വരട്ടെ വീട്ടുകാർ പറയട്ടെ നാട്ടുകാർ പറയട്ടെ ഭാര്യ പറയട്ടെ ഭർത്താവ് പറയട്ടെ കുട്ടികൾ പറയട്ടെ എല്ലാവരും നിരന്തരം കുറ്റപ്പെടുത്തട്ടെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം നമ്മൾ ഓർക്കുക നമ്മളാരാണ് ആകാശമാണ് മറ്റേതൊക്കെ മേഘങ്ങളാണ് കൊച്ചു കൊച്ചു മേഘങ്ങൾ ചിന്ന ചിന്ന മേഘങ്ങൾ എന്ന് പോയി വിഴരുത് അത് അസ്ഥിരമാണ് ഞാൻ സ്ഥിരമാണ് സ്ഥിരമായ എനിക്ക് അസ്ഥിരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷെ അസ്ഥിരവുമായി താതാത്മ്യം പ്രാപിച്ചാലോ എനിക്ക് അസ്വസ്ഥതകളാണ് ഓർക്കുക വലിഞ്ഞു കയറി വരുന്ന ചിന്തകളുമായി താതാത്മ്യം പ്രാപിച്ച് നാം നരകത്തെ സൃഷ്ടിക്കരുത് നമ്മളാണ് നമ്മുടെ നരകവും സ്വർഗവും ഒക്കെ സൃഷ്ടിക്കുന്നതെന്ന് പറയാം അതുകൊണ്ടാണല്ലോ ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ ഇത് ഒരു കുട്ടി സ്വാമിയോട് പറഞ്ഞതാണ് സ്വാമിക്കറിയോ ഒരു ബസ് ഡ്രൈവറും ഒരു പുരോഹിതനും മരിച്ചു എന്നിട്ട് ബസ് ഡ്രൈവർ സ്വർഗത്തിൽ പോയി പുരോഹിതൻ നരകത്തിൽ പോയി അപ്പോൾ അവർ ചോദിച്ചു അത്ര രണ്ടുപേരും കൂടെ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം എന്ന് ഞാനാണല്ലോ ഭഗവാൻ്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമം നടത്തിയത് ഇവൻ എന്താ ചെയ്തതെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്നാ ഇവൻ്റെ ബസ്സിൽ കയറുന്നവരൊക്കെ ഭഗവാനെയും ഭഗവാനേ ആത്മാർത്ഥമായിട്ട് വിളിക്കും എൻ്റെ ഈശ്വര എൻ്റെ ഈശ്വര ഇവൻ സ്ഥിരം എൻ്റെ അടുത്തേക്ക് ആളുകളെ കൊണ്ടുവരാം നിങ്ങളുടേത് പ്രഭാഷണം കേട്ട് കേട്ട് ആളുകൾക്ക് ഉറക്കാണ് വരുക എന്നെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഉറങ്ങണമെന്ന് പക്ഷെ ഇവന്റെ അങ്ങനെയല്ല വളരെ ആത്മാർത്ഥമായിട്ട് ഭഗവാനും ഇവന്റെ ഓരോ ബ്രേക്കിടും അതുകൊണ്ട് ഇവനെ പോലുള്ളവരെ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു ആളുകളെ കൊണ്ടുവരുന്നത് തീവ്രമായ പ്രാർത്ഥനയാണ് ഇവന്റെ വണ്ടിയിൽ കയറിയ നമ്മള് ആകാശമായിട്ട് നിലവുള്ള ഭഗവാൻ തരുന്നൊരു ഉദാഹരണമാണ് സൂര്യചന്ദ്ര നക്ഷത്ര നക്ഷത്രങ്ങൾക്കൊന്നും സ്വാധീനിക്കാൻ പറ്റാത്ത ആകാശം കാർമേഘങ്ങൾക്കൊന്നും സ്വാധീനിക്കാൻ പറ്റാത്ത ആകാശം ദുർഗന്ധമോ എന്താ സുഗന്ധമോ സുഗന്ധത്താലോ ദുർഗന്ധത്താലോ സ്വാധീനിക്കപ്പെടാത്ത ആകാശം അനന്തമായ ആ ബോധാകാശത്തിൽ ആ ആത്മാകാശത്തിൽ വിരാജിക്കാൻ എന്നാലോ ഈ പറഞ്ഞതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല അത് ആരൊക്കെ എന്തൊക്കെ പറയട്ടെ നിങ്ങളത് പറഞ്ഞു ഇത് പറഞ്ഞു അവരെന്നാലും സ്വാമി ഇങ്ങെന്തൊക്കെ പറഞ്ഞാലും സ്വാമി കൂടപ്പറപ്പുകൾ ഇങ്ങനെ പറയുമ്പോൾ കൂടപ്പറപ്പുകൾ തന്നെയല്ലേ ഇവയെല്ലാം തന്നെ ആരായി കൂടപ്പിറപ്പല്ലാത്തത് അല്ല എന്നാലും ഈ എന്നാലും ഈ കുഴപ്പമൊന്നു പറയാ അതുകൊണ്ട് നിങ്ങളാ എന്നാലും എന്നുള്ളതിനെ ഉപേക്ഷിക്കും അത് ഉള്ളിൽ നിൽക്കുമ്പോ പ്രശ്നമാണ് എന്നിട്ട് ഇതോർക്കും ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ആകാശമായി നിലകൊള്ളാൻ ഈ അദ്ധ്യായത്തെ അടുത്ത രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഉപസംഹരിക്കുന്നു യഥാ പ്രകാശയ കൃത്യം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ പ്രകയതി ഭാരത ക്ഷേത്രേത്രുഷാ ഭൂത പ്രകൃതിമോക്ഷം ചേ വിദുറേ പരം ഓ തത്സമവത്ഗീതുനിഷത്സു യോഗശാസ്ത്രേ ശ്രീകൃഷ്ണർജുന സംവാഗയോ ത്രയോദശോധ്യശയതി എകൽസ്നം ലോകം ഇമം രവി ക്ഷേത്രം ക്ഷേത്രി തൃത്സ്നം പ്രകാശയതി ഹേ ഭാരതീം ഭഗവാൻ ഒരു ഉദാഹരണം പറയുന്നു അല്ലയോ അർജുന ഏകഹാരവി ഒരു സൂര്യൻ ഏകഹാ രവി ഏകനായ സൂര്യൻ ജഗദേക ചക്ഷുഷേ എന്നാണ് എന്നാൽ സർവത്ര സഞ്ചരിക്കുന്നവൻ ഏകനാണ് സർവത്ര എല്ലായിടത്തും സഞ്ചരിക്കുന്നവനുമാണ് ഒ ഒരിടത്ത് നിന്നുകൊണ്ട് അവൻ എല്ലായിടത്തും സഞ്ചരിക്കുന്നു അതുകൊണ്ടാണ് ഏകഹ എന്നൊക്കെ പറയാം എങ്ങനെയാണ് അതെങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് എല്ലായിടത്തും സഞ്ചരിക്കുക അതെ സൂര്യൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് സൂര്യൻ്റെ കിരണങ്ങൾ എവിടെയൊക്കെ എത്തുന്നു അതൊക്കെ സൂര്യൻ്റെ സഞ്ചാരമാണ് അപ്പത് ഏകർഷയെ എന്നാണ് സൂര്യൻ്റെ പേര് ഏകർഷയെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിലനിന്ന് സഞ്ചരിക്കുന്നവൻ ഏകഹാരവി ഏകനായ രവി സൂര്യൻ ഇമം ലോകം കൃത്സ്നം യഥാ പ്രകാശയതി ഈ ലോകത്തെ പൂർണ്ണമായി എങ്ങനെ യഥാ പ്രകാശയതി പ്രകാശിപ്പിക്കുന്നുവോ തഥാ അത് ക്ഷേത്രീ ആത്മാവ് ക്ഷേത്രി എന്ന് ഇവിടെ ആത്മാവ് കൃത്സ്നം പൂർണ്ണമായി സകലമായ ക്ഷേത്രം ശരീരത്തെയും പ്രകാശയതി പ്രകാശിപ്പിക്കുന്നു സൂര്യനെ പോലെ ഒരു ഉദാഹരണമാണ് സൂര്യൻ എപ്രകാരം ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നുവോ അതുപോലെ ആത്മാവ് മുഴുവൻ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു അപ്പൊ സൂര്യൻ്റെ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു അതുപോലെ ആത്മാവിൻ്റെ പ്രകാശം കൊണ്ട് ഇത് മുഴുവൻ പ്രകാശിക്കുന്നു ക്ഷേത്രക്ഷേത്രജ്ഞയോ ഏവം അന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതി മോക്ഷം ചേ വിദു യാാന്തി തേ പരാം േത്രക്ഷേത്രജ്ഞയോഹോ അന്തരം ഭൂതപ്രകൃതി മോക്ഷം ച ഏവം ഇപ്രകാരം ക്ഷേത്രക്ഷേത്രജ്ഞയോഹോ അന്തരം ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും അന്തരം വ്യത്യാസത്തെയും ഭൂതപ്രകൃതി മോക്ഷം ച ഭൂതപ്രകൃതിയിൽ നിന്നുള്ള മോക്ഷത്തെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിടുതലിനെയും സ്വാതന്ത്ര്യത്തെയും രണ്ടിനെയും എങ്ങനെ ജ്ഞാന അറിവിൻ്റെ ജ്ഞാന ദൃഷ്ടികൊണ്ട് അറിവാകുന്ന കണ്ണുകൊണ്ട് ഏ വിധുഹു ആർ അറിയുന്നുവോ അറിവാണ് ഇവിടെ ദർശനമായിട്ട് നിലകൊള്ളുന്നത് ആരാണ് ഇതിനെ അറിയുന്നത് ഇപ്രകാരം അറിയുന്നത് തേ പരാംയാന്തി അവർ പരമമായ പദത്തെ പ്രാപിക്കുന്നു ഭഗവാൻ ക്ഷേത്ര ക്ഷേത്രജ്ഞന്മാരെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത അധ്യായത്തിൽ ആരംഭമായിട്ട് അർജുനനോട് പറയുന്നു അപ്പൊ ഈ അധ്യായത്തിൽ ചിലത് വേണ്ടത്ര മനസ്സിലായില്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും ഭഗവാനും അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നാ തോന്നണത് അതുകൊണ്ട് ഭഗവാൻ അർജുനനെ ഒന്ന് സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവനിൽ ശ്രദ്ധയെ പൂർവാധികം സൃഷ്ടിക്കുന്നതിനായിട്ട് ഭഗവാൻ പറയണു Param pravakshyami പരം ഭൂയ പ്രഭക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനം ഉത്തമം യത് ജ്ഞാത്വ മുനയ സർവേ പരാം സിദ്ധിമതോ ഗതാഹ പാരസ്യം കൊടുക്കുന്നതിന് ഭഗവാനെ പോലെ വേറെ ആരുമില്ലെന്ന് പറയും ഈ അഡ്വർടൈസിംഗ് കമ്പനിയൊക്കെ ഗീത വായിക്കുന്നത് നല്ലതാ പറയുന്നത് യാതൊന്നിനെ യത് ജ്ഞാത്വ സർവേ മുനയെ നമ്മളോട് പറയല്ലോ ഈ ഫണ്ടൊക്കെ ഈ നാൽക്കവലയിലൊക്കെ വെച്ച് വിൽക്കുന്ന ചില മരുന്നുണ്ട് നടുവേദന വയറുവേദന അതുവേദന ഇതുവേദന എല്ലാ വേദനയും അവസാനം ഒരു പ്രസവവേദന വരെ പറയും ഇത് കഴിച്ചാൽ ശരിയാവുന്ന ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ നമുക്കറിയാം മേടിക്കുന്ന ആൾക്കും അറിയാം വിൽക്കുന്ന അവർക്കും അറിയാം പക്ഷെ ഇത് നല്ല പരസ്യമാണ് എന്താ ഭഗവാൻ പറയുന്നത് യാതൊന്നും അറിഞ്ഞിട്ട് സർവേ മുനയ ഇതഹ എല്ലാ മുനികളും പരസ്യം എന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ ഒരു പരസ്യത്തിനൊരു നിലവാരമുണ്ട് കേട്ടോ ഭഗവാൻ വെറുതെ അടിച്ചുവിടുന്നതല്ല മറ്റത് പരസ്യവും പ്രോഡക്റ്റീവായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല തേക്കുന്നതിന് മുൻപ് തേച്ചതിനു ശേഷം കഴിക്കുന്നതിനു മുൻപ് കഴിച്ചതിന് ശേഷം ഒക്കെ ഉണ്ടല്ലോ മുനയഹ ഇത എല്ലാ മുനികളും ഇതഹ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് പറഞ്ഞ സംസാരത്തിൽ നിന്ന് പരാംസിദ്ധിം ഗതാം പരാംസിദ്ധിം പരമമായ മോക്ഷത്തെ ഗതാം പ്രാപിച്ചവരായിട്ട് പരം ഉത്കൃഷ്ടവും ജ്ഞാനാനാം ഉത്തമം അറിവിന് ജ്ഞാനത്തിന് ഉത്തമം ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം ആ ജ്ഞാനത്തെ പ്രവക്ഷ്യാമി ഞാൻ വീണ്ടും പറഞ്ഞു തരാം അതുകൊണ്ട് പോരാ എന്നൊരു തോന്നലുണ്ട് അപ്പൊ ഭഗവാൻ ഇവിടെ ഈ അദ്ധ്യായത്തിന് ഗുണത്രയ വിഭാഗയോഗം എന്നാണ് ഗുണത്രയം ത്രയം പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങളുടെ ചേരുവകൾ ഇതിലാണ് നമ്മുടെ നമ്മളെ അങ്ങോട്ട് തുറന്ന് കാണിച്ചു തരും ഇത് അതാണ് ഇതാണ് ഇതാണ് ഇതാണെന്ന് പറയും അതുകൊണ്ട് ഭഗവാൻ ഭഗവാന് തോന്നി ഒന്നുകൂടെ വിസ്തരിക്കേണ്ടതുണ്ട് ഒന്നുകൂടെ ഇതിനെ ഒന്ന് കുറച്ച് ലളിതവത്കരിക്കേണ്ടതുണ്ട് അർജുനനോട് പറഞ്ഞു നാളെ വരാം എന്നിട്ട് നമുക്ക് നോക്കാം